the mm -hmm. ിശത്സംബന്ധി വിദ്യാം കർമ്മ विशेषा മാത്രമേത് ഭാവപ്രതിയോഗിച്ച ഭാവ കർമ്മം കൊണ്ട് മോക്ഷം എന്ന് പറയുന്ന രണ്ടു പക്ഷം അതിനെ നിഷേധിക്കുകയാണ് ഒന്ന് കാമ്യ നിഷിദ്ധങ്ങൾ ഒഴിവാക്കുക കേവലം നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക കാമ്യനിഷിദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തതുകൊണ്ട് ജന്മത്തിന് കാരണമില്ല പുണ്യപാവങ്ങളില്ല നിത്യകർമാനുഷ്ഠാനം കൊണ്ട് പാവങ്ങളെല്ലാം നശിക്കും ഈ ശരീരനാശത്തോടുകൂടി മോക്ഷം അതിനു നിഷേധിച്ചു രണ്ടാമത്തത് കർമ്മത്തിന്റെ ഫലം ആനന്ദമാണ് കർമ്മം കൊണ്ട് ആനന്ദം നേടുക സ്വർഗം എന്നാൽ അതിന്റെ അർത്ഥം ആനന്ദം എന്നുള്ള അർത്ഥങ്ങളുണ്ട് അതിനെ നിഷേധിച്ചു അടുത്തു വരുന്നത് വിദ്യാസഹിത നാം കർമ്മണം നിത്യ ആരംഭ സാമർഥ്യം അതാണ് അടുത്തപക്ഷം വിദ്യാസഹിതമായ കർമ്മം അതുകൊണ്ട് മോക്ഷ ആരംഭ സമർപ്പിക്കും അതുകൊണ്ട് മോക്ഷമില്ല ജ്ഞാനവും കർമ്മവും ദിനത്തിന് മുമ്പ് ജ്ഞാനകർമ്മ സമുച്ചയം എന്നുള്ള രീതി നിഷേധിച്ചിട്ടുണ്ട് വിദ്യയ്ക്ക് ജ്ഞാനമൊന്നും ഉപാസന എന്ന് രണ്ടർത്ഥമുണ്ട് ഉപാസന സഹിതമായ കർമ്മം അതങ്ങീകരിക്കുന്നുണ്ട് ഉപാസന സഹിതമായ കർമ്മം കർമ്മം നിഷ്കാമമായിരുന്ന കർമ്മയോഗമായിരുന്നു നിഷ്കാമം എന്ന് പറയുമ്പോൾ അത് കർമ്മയോഗമായിട്ട് ആഗ്രഹിക്കുന്നു കാരണം കർമ്മയോഗം കൂടാതെ നിഷ്കാമത്തെ സാധ്യമല്ല അതുകൊണ്ടാണ് നിത്യകർമ്മം കൊണ്ടും മോക്ഷ സാധ്യമല്ല എന്ന് പറയുന്നത് നിത്യകർമ്മം ഒന്ന് കാമിച്ച് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിന് ഫലമില്ല നിത്യകർമ്മത്തെ വിധിച്ചു ഫലത്തെ വിധിച്ചില്ല ഒരു കാമനയോടുകൂടി ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നിത്യകർമ്മം നിഷ്കാമകർമ്മമാണ് ഫലം ഉണ്ടോ ഇല്ലെന്ന് അങ്ങനെ തീരുമാനിക്കും വേദം പറയണം വേദികരെ സംബന്ധിച്ചിടത്തോളം വേദം പറയുന്ന ഫലമേ ഉള്ളൂ കാമ്യകർമ്മങ്ങൾക്ക് ഫലം പറഞ്ഞിട്ടുണ്ട് അഗ്നി ജ്യോതിഷവും മറ്റും വേദം പറഞ്ഞതുകൊണ്ട് അതിന് ഫലമുണ്ട് നിഷിദ്ധകർമ്മങ്ങൾക്കും ഫലം പറഞ്ഞിട്ടുണ്ട് നരകഫലവും മറ്റും പക്ഷെ നിത്യകർമ്മത്തിന് ഫലം പറഞ്ഞില്ല നിത്യകർമ്മത്തിന്റെ പ്രകടനത്തിൽ ഫലങ്ങളെ പറഞ്ഞില്ല പിന്നെ നിത്യകർമ്മം എങ്ങനെ അനുഷ്ഠിക്കാൻ പറ്റും എന്താ അതിന് പ്രേരകം മന ഇല്ല ഒരു ഫലത്തെ കാമിച്ച് ചെയ്യാൻ വയ്യാതെ നിഷ്കാമമായി പക്ഷെ വേദത്തിൽ വിധിച്ചു വേദത്തിൽ വിധിച്ചതുകൊണ്ട് അനുഷ്ഠിക്കും അപ്പൊ നിത്യകർമ്മം ഒരാൾ എന്തുകൊണ്ട് അനുഷ്ഠിക്കുന്നു ഒരു കാമനയും കൂടാതെ വേദത്തിൽ വിധിച്ചതുകൊണ്ട് മാത്രം അനുഷ്ഠിക്കുന്നു നിഷ്കാമമായ കർമ്മം എന്ന് പറയുന്നത് ശരി അങ്ങനെയാണെങ്കിലും അത് ചെയ്യാതിരുന്നാലോ േദത്തിൽ വിധിച്ച കാര്യം ചെയ്യാതിരുന്ന ദോഷമുണ്ട് അതുകൊണ്ടത് ചെയ്തേ പറ്റൂ ഭാവിയിൽ വരാൻ പോകുന്ന ദോഷം ആഗാമി ജന്മങ്ങളിൽ വരാൻ പോകുന്ന ദോഷം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആഗാമി ദോഷം നിവൃത്തിക്ക് വേണ്ടിട്ട് നിത്യകർമ്മം ചെയ്യണം അപ്പൊ നിത്യകർമ്മം നിഷ്കമമായേ ചെയ്യാൻ പറ്റും അലച്ച ഞാൻ നിവർത്തിയില്ല കാരണം വേദം അതനുവദിക്കുന്നില്ല എന്നാൽ ആ നിത്യകർമ്മം കൊണ്ട് തന്നെ ആകാം മോക്ഷം പറയുന്ന സാധ്യമല്ല കാശിക്കാരൻ അതിനെ നിഷേധിച്ചു നിത്യകർമ്മങ്ങൾക്കും ഫലമുണ്ട് എന്നാണ് അവസാനം പറയുന്നത് നിത്യകർമ്മങ്ങൾക്കും ഫലം ഉണ്ടായി കൽപ്പിക്കേണ്ടി വരും അപ്പൊ നിത്യകർമ്മം നിഷ്കാമമായോ അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് മോക്ഷം സാധ്യമല്ല അതിനെയും നിഷേധിച്ചു അവിടെ തുടങ്ങി വിദ്യാ സഹിതാനാം കർമ്മമാണ് ജ്ഞാനത്തെയും കർമ്മത്തെയും കൂടെ എടുക്കുക നിത്യാരംഭം അതുകൊണ്ട് മോക്ഷം സാധിക്കാമോ സാധ്യമല്ല ഇത് ചെന്ന വിരോധ അപ്പോ എന്തുകൊണ്ട് ആചാര്യസ്വാമികൾ കർമ്മത്തെ ഇത്രയും ശക്തമായി നിഷേധിക്കും കർമ്മത്തിന് ഒരിക്കലും മോക്ഷത്തെ കൊടുക്കുന്നതിന് ശേഷിയില്ലായെന്നുകൊണ്ട് അസക്തമായി പറയുന്നു കാരണം മോക്ഷത്തെ അംഗീകരിക്കാം പക്ഷേ അതൊരു കർമ്മത്തിന്റെ ഫലമാണെന്ന് അംഗീകരിച്ചു അത് ജന്യമാണെന്ന് എല്ലാ കർമ്മങ്ങളുടെ ഫലങ്ങളും ജന്യമാണ് സ്വർഗം പശു പുത്രൻ സർവകർമ്മഫലങ്ങളും ജന്യമാണ് കർമ്മത്തിന്റെ ഫലമായി മോക്ഷത്തെ സ്വീകരിച്ചാൽ അത് ജന്യമാണെന്ന് പറയും ജന്യമായി കഴിഞ്ഞാലോ അനിത്യമാണ് അപ്പം മോക്ഷം അനിത്യമാണെന്ന് തോന്നാലോ കഷ്ടപ്പെട്ട് മോക്ഷം നേടിയിട്ട് പ്രയോജനമില്ല ഫലം വീണ്ടും അവൻ ബന്ധനസ്ഥനാകും മോക്ഷമാനിക്യമാണെന്ന് വന്നുകഴിഞ്ഞാൽ ഫലം വീണ്ടും ബന്ധനം അതുകൊണ്ടാണ് ആ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പുലരാചാര്യസ്വാമികൾ കർശനമായ നിലപാടെടുക്കുന്നത് കർമ്മത്തിന്റെ ഒരു സ്പർശം പോലും മോക്ഷത്തിനില്ല വരാൻ പാടില്ല എന്നാൽ അത് ജന്യമാവും എന്നാ വിരോധ അടുത്ത് അത് സാധ്യമല്ല നിത്യഞ്ച ആരഭ്യ രീതിച്ച വിരുദ്ധം മോഷം എന്താണ് നിത്യമാണ് നിത്യമായിരിക്കണം അങ്ങനെ അല്ലാത്തൊരു മോക്ഷം കൊണ്ട് പ്രയോജനമില്ല മോക്ഷം നേടുക വീണ്ടും ബന്ധനസ്ഥനാകുക അതാരും ആഗ്രഹിക്കുന്നില്ല നിത്യമാണെങ്കിൽ അതങ്ങനെ കർമ്മഫലമാകും ജന്യമാകും കർമ്മത്തിന്റെ ഫലവാദത്തില്ല ഇത് വിരുദ്ധം നിത്യമാണ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വിരുദ്ധമാണ് പക്ഷേ ചില കൂട്ടർ അങ്ങനെയല്ല വൈദികന്മാർ അവരും പറയുന്നതും മോക്ഷം തന്നെ അവർക്കുണ്ട് മോക്ഷം ഈ ശരീരനാശത്തോടു കൂടി ജീവൻ വേറെ ലോകത്ത് പോയി സുഖം അനുഭവിക്കുക അത് മോക്ഷം തന്നെ അവിടെ നിന്ന് തിരിച്ചു വരുമോ ഇല്ലേ അതൊന്നും അവർ ചിന്തിക്കുന്നില്ല കർമ്മം ചെയ്താൽ ഫലരൂപത്തിൽ സ്വർഗത്തിൽ പോവാം അപ്പൊ കർമ്മം കൊണ്ട് മോക്ഷമാകാം എന്നൊരു പക്ഷം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത് പക്ഷെ അവർക്ക് എന്താ യുക്തി അതിന് പറയുന്നു യദ്വിനഷ്ടം തദൈവ ന ഉത്പദ്ധ്യത എന്താണോ നശിക്കുന്നത് അത് വീണ്ടും ഉണ്ടാകുന്നില്ലല്ലോ ഉണ്ടാകാത്തത് കൊണ്ട് അത് നിത്യമാകാമല്ലോ എന്നോ നമ്മുടെ എന്താണ് ഇവിടെ മോക്ഷത്തിന് തടസ്സമായിരിക്കുന്നത് മോക്ഷത്തിന് തടസ്സമായിരിക്കുന്നത് ഈ സംസാരം അല്ലെങ്കിൽ ബന്ധനം അല്ലെങ്കിൽ പിന്നെ അതുണ്ടാകുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഉണ്ടാകാത്തത് ഒരു വസ്തു നശിച്ചാൽ പിന്നെ അത് ഉണ്ടാകുന്നില്ല അങ്ങനെയാണ് നമ്മൾ കാണുന്നത് നശിക്കുന്നത് പിന്നെ ഉണ്ടാകുന്നില്ല നശിച്ചു കഴിഞ്ഞാൽ പുസ്തകത്തിന് പിന്നെ ഉണ്ടാകാൻ കഴിയത്തില്ല അപ്പൊ നാശം എന്തായി വീണ്ടും ജനിക്കുന്നില്ല എന്ന് നിത്യമായി എന്തുകൊണ്ടാ അവസ്ഥ വീണ്ടും ഉണ്ടാവുന്നില്ല നശിച്ചത് നശിച്ചത് തന്നെ അങ്ങനെയൊരു സംസാരം അത് കർമ്മഫലമായിക്കൊള്ളട്ടെ കർമ്മം കൊണ്ട് സംസാരം നശിക്കുന്നു നശിച്ചു കഴിഞ്ഞാൽ നാശം നിത്യമാകും മോക്ഷം നിത്യമാകും അതൊരു ഫലമായി തന്നെ വന്നോട്ടെ എന്താ ദോഷം ഒന്നാണ് അവർ പറയുന്നതിന് യുക്തിയുണ്ട് യം തതേവെന്നു ഏതാണോ നശിക്കുന്നത് അതിനുണ്ടാകുന്നില്ല കർമ്മം കൊണ്ടായിക്കോട്ടെ ഇതെല്ലാം നശിക്കുന്നു പ്രധ്വംസ്വഭാവം നിത്യോ വിമോക്ഷതിനാണ് പ്രധ്വംസ്വഭാവം ഈ പറയുന്നത് അത് ന്യായവൈശേഷികമാരുടെ ചിന്താഗതി അനുസരിച്ച് പറയുകയാണ് അതിനെ നിഷേധിക്കുന്നു ന്യായ വൈശേഷികന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തു സദ്ഭാവം അതുപോലെ തന്നെ പ്രധാനമുള്ളതാണ് അതിന്റെ അഭാവം അതിന്റെ നാശം അല്ലെങ്കിൽ അഭാവം രണ്ടു തരത്തിലും പറയാം എന്തുകൊണ്ട് അത് രണ്ടും പദാർത്ഥമാണ് പദാർത്ഥം എന്നുള്ള നിലയ്ക്ക് രണ്ടും തുല്യമാണ് ദ്രവ്യം അങ്ങനെയാണെങ്കിൽ ആ ദ്രവ്യത്തിന്റെ അഭാവവും ഒരു പദാർത്ഥവും ഇപ്പൊ പദാർത്ഥങ്ങളെന്നുള്ള നിലയ്ക്ക് അതിന് തുല്യസ്ഥാനമുണ്ട് അതുകൊണ്ടവർ തത്വചിന്തയിൽ ഒരുപക്ഷെ ഭാവത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം വരുന്ന അഭാവത്തിനാണ് അഭാവത്തെ അവർ എന്താണ് ഭാവവസ്തുക്കളെ കാണുന്നത് തന്നെ അഭാവത്തിന്റെ പ്രതിയോഗിയായിട്ടാണ് അഭാവവുമായി ബന്ധപ്പെടുത്തിയവർക്ക് ഭാവത്തെ ചിന്തിക്കാൻ പറ്റും വിരളുമായി താതപ്പെടുത്തി വെളിച്ചത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ട് തുല്യ പ്രാധാന്യമാണ് അഭാവത്തെ ഒരു നാലായിട്ട് തിരിക്കുന്നു പ്രാഗഭാവം ധ്രധ്വംസാഭാവം അന്യോന്യാഭാവവും അത്യന്താഭാവം ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് ആ വസ്തുവിന്റെ അഭാവത്തിന് പ്രാഗ് മുമ്പുള്ള അഭാവം വസ്ത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് നൂലായത് അതുണ്ടാകുന്നതുവരെ ആ നൂലുകളിൽ വസ്ത്രത്തിന്റെ പ്രാഗ്അഭാവം ഉത്പത്തിക്കു മുമ്പുള്ള അഭാവം പ്രാഗെന്ന് വെച്ചാൽ ഉത്പത്തിക്കുന്നുള്ള അഭാവം ഏത് നിമിഷമാണോ ആ നൂല് കൂടും പാവമായി വസ്ത്രമായി മാറുന്നത് ആ നിമിഷം അതുവരെ ഉണ്ടായിരുന്ന അഭാവം നശിക്കുന്നു പ്രാഗഭാവം നശിക്കുന്നു അപ്പോൾ ഈ നൂലിൽ എത്ര കാലമായി ഈ പ്രാഗഭാവം ഉണ്ടായിരുന്നു നൂലിലാണല്ലോ അഭാവം നിൽക്കുന്നത് കാരണം നൂലുണ്ട് അപ്പോൾ വസ്ത്രമില്ല അപ്പോൾ വസ്ത്രത്തിൻ്റെ പ്രാഗഭാവമുണ്ട് എത്ര കാലമായി അതുണ്ട് പറയുന്നത് അനാദിയാണ് അപ്പോൾ അനാദിയായിരിക്കുന്ന പ്രാഗ് അഭാവവും അത് നശിക്കുന്ന വസ്ത്രം ഉണ്ടാവുന്നു അനാദി സാന്ത അനാദിയും അന്ത്യാണ് നേരെ വിരുദ്ധമാണ് സ്വഭാവം ആ വസ്ത്രത്തെ നശിപ്പിക്കുന്നു നശിച്ചുപോയി ഈ പുസ്തകത്തെ ഇത് പുസ്തകമായിരിക്കുന്നു ഓരോ ായിട്ട് കുറച്ച് കളയുന്നു പുസ്തകമുണ്ട് പക്ഷെ ആ താളുകളിൽ അവര് പറയുന്നെന്താണ് ആ പുസ്തകത്തിന്റെ അഭാവം ഉണ്ടെന്നാണ് ആ താളുകളിൽ ആ പുസ്തകത്തിന്റെ അഭാവം സ്ഥിതി ചെയ്യുന്നു അതെന്തൊരു സ്ഥിതി ചെയ്യുന്നു ആ പുസ്തകത്തെ വിഘടിപ്പിച്ചപ്പോ താളുകളായി മാറ്റിയപ്പോ ഇനി ആ പുസ്തകത്തിന് ഒരിക്കലും ഉണ്ടാകാൻ കഴിയത്തില്ല ഇനി ഉണ്ടായാൽ അത് രണ്ടാമത് മറ്റൊരു പുസ്തകമായിരിക്കും ആ ഒരു പുസ്തക വ്യക്തി നശിച്ചുപോയി അതുകൊണ്ട് അതിന്റെ നാശം പ്രധ്വംസം അത് സാതിരനന്ത സാദിയാണ് അനന്തവുമാണ് അനന്തമായ കാലം ഈ ധ്വംസം തന്നെ ഇപ്പോൾ വീണ്ടും ജനിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മളിത് കൊണ്ട് ഉണ്ടാക്കിയാൽ രണ്ടാമത് മറ്റൊരു പുസ്തകമേ ആവും അതിന് തിരിച്ചു വരാൻ പറ്റത്തില്ല കാലദേശങ്ങളുണ്ടെങ്കിലും അതിന് വ്യത്യാസം വരും അപ്പോ ആ നാശം ഈ താളുകളിലുള്ള പുസ്തകത്തിന്റെ അഭാവം അനന്തമാണ് കാരണം ആ പുസ്തകം തിരിച്ചു വരാത്തുകൊണ്ട് ആ നാശം അവിടെ നിലനിൽക്കുന്നു അനന്തമായി നിലനിർത്തുന്നു അതിനവസാനമില്ല ധുംസത്തിന് നാശമില്ല എന്നുവെച്ചാൽ അത് നിത്യമായിരിക്കുന്നു നശിക്കാത്തത് നിത്യമാണല്ലോ അപ്പൊ പ്രധ്വംസ്വഭാവം നിത്യം അതുപോലെ സംസാരം നശിക്കുന്നു കർമ്മം കൊണ്ടേനൊക്കെ സംസാരത്തെ നശിപ്പിക്കുന്നു നശിച്ചാൽ ആ നാശം നിത്യമായി അനന്തം എന്ന് വെച്ചാൽ നിത്യം അതുപോലെ മോക്ഷവും ആയിക്കൂടാ എന്തുകൊണ്ടായിക്കൂടാ ഇവിടെ എന്താണ് ആ പ്രധംസത്തെ സൃഷ്ടിക്കുകയാണ് പുസ്തകത്തെ പിരിച്ചു കഴിഞ്ഞപ്പോൾ ആ ധ്വംസത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്തവിടെ പുസ്തകം പോയി ധ്വംസം അപ്പോൾ അതിനൊരാദ്യമുണ്ട് തുടക്കമുണ്ട് പക്ഷേ അത് നിത്യമാണ് കാരണം പിന്നീട് അതിന് നാശമില്ല നാശമില്ലാത്ത ഒന്നിനും നിത്യം എന്ന് പറയേണ്ടി വരും അതിന് തുടക്കം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ധ്വംസം അത് തുടക്കം ഉള്ളതാണ് എങ്കിലും അത് നിത്യമാണ് അതുപോലെ കർമ്മം കൊണ്ട് നിത്യമായ മോക്ഷം എന്തുകൊണ്ടായിക്കൂടാ കർമ്മഫലം എന്തുകൊണ്ടും നിത്യമായി കൂടാ അതാണ് മോക്ഷാരഭ്യുന്ന മോക്ഷരൂപത്തുവാ പറയുന്നു മോക്ഷം ഇതുപോലെ അഭാവമല്ല വികന്മാര് പറയുന്ന തരത്തിലുള്ള അഭാവത്തെ ഒന്നും ഇവിടെ അദ്വൈതി സ്വീകരിക്കുന്നില്ല അഭാവത്തെക്കുറിച്ചുള്ള കല്പനകളാണ് നിങ്ങൾ പറയുന്നത് അദ്വിതീയെ സംബന്ധിച്ചിടത്തോളം അഭാവം എന്ന് പറയുന്ന ഒന്നുമില്ല ഈ നജായികന്മാർ പറയുന്ന പോലെ വസ്ത്രം നശിച്ചാൽ പിന്നെ എൻ്റെ അഭാവമുണ്ട് അങ്ങനെ ഒന്നുമില്ല എന്തിനാണ് നിങ്ങൾ അഭാവം എന്ന് പറയുന്ന വസ്തുവിനെ തന്നെ ഈ പുസ്തകത്തെ വേറെ താളുകളായിക്കഴിഞ്ഞാൽ എന്താ ഇവിടെ കാണുന്നത് ആ താളുകളാണ് ഉള്ളത് അല്ല അവിടെ അഭാവം എന്ന് പറയുന്നൊരു സാധനമില്ല നിങ്ങളുടെ കല്പനയാണ് ചിന്തിക്കുന്നതിനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ അവർ വിവരിച്ചിരിക്കുകയാണ് ആ വസ്തുവല്ലാതെ അഭാവമില്ല പിന്നെ നിങ്ങൾക്ക് പറയാം എന്താണ് ഇപ്പൊ പുസ്തകമില്ല എന്ന് പറയാം ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം പുസ്തകമില്ലെങ്കിൽ എന്തിനെ കണ്ടുകൊണ്ടാ പറയുന്നത് ആ താളുകളെ കണ്ടുകൊണ്ട് താളുണ്ടെന്നാണ് അതിന്റെ അർത്ഥം പുസ്തകമില്ലെന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞു പേരർത്ഥമില്ല അഭാവം അധികരണ രൂപമാണ് എവിടെയെങ്കിലും ഒന്നിന്റെ അഭാവത്തെ പറയുകയാണെങ്കിൽ അത് അധികരണം തന്നെ അല്ല അധികവിഞ്ഞ് വരൊന്നുമില്ല വായുവിന് നിറമില്ലെന്ന് പറയുന്നു നയായുവിന്മാർ പറയുന്നത് എന്താണോ വായുവിൽ നിറത്തിന്റെ അത്യന്താ അഭാവമുണ്ട് പറയുന്നു നമ്മുടെ അഭാവം എന്ന് പറയുന്ന ഒരു പദാർത്ഥം സജ്ജീകരിക്കുന്നു അദ്ദേഹം എന്താണ് പറയുന്നത് വായുവിൽ നിറമില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം വായുണ്ടെന്ന് തന്നെ വേറെ ഒന്നും ഇല്ല നിറത്തിന്റെ ഇല്ലായ്മ എന്ന് പറഞ്ഞൊരു സാധനം വായു നിൽക്കണ്ടോ ഇല്ല അത് വായുവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ് എന്താണ് നിറമില്ലാത്ത ഒന്നാണ് വായു നിങ്ങളെന്ന് പറയുന്നതിനെ അധികരണമാണെന്നാണ് അദ്വൈതി പറയുന്നത് ഇവിടെ മോക്ഷത്തെ നിങ്ങളഭാവമായിട്ട് ചിന്തിക്കരുത് മോക്ഷം അത് ഭാവരൂപത്വ അത് ആത്മസ്വരൂപമാണ് അവിടെ സംസാര നിവൃത്തി എന്ന് പറയുന്ന എന്താണ് ആത്മസ്വരൂപം തന്നെ അല്ലാതെ അവിടെ ആത്മസ്വരൂപത്തിൽ നിന്ന് വേറിട്ട് സംസാര നിവൃത്തി എന്ന് അഭാവപദാർത്ഥം നായികന്മാരും മറ്റും കൽപ്പിക്കുന്ന പോലെ ഒരു മോക്ഷത്തെ കണക്കാക്കുന്നു ഏകവിംശതി ദുഃഖധ്വംസം ദുഃഖത്തിന്റെ ധ്വംസം അങ്ങനെ ഒരു പദാർത്ഥം അത് അവിടെ അധികരണമല്ലാതെ മറ്റൊന്നില്ല ഒരു പദാർത്ഥമില്ല അതുകൊണ്ട് മോക്ഷം ഭാവരൂപമാണ് ആത്മസ്വരൂപമാണ് ഈ കാര്യം മനസ്സിവെച്ചുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത് ഇത് കർമ്മം കൊണ്ട് സാധ്യമല്ല യത്നം കൊണ്ട് സാധ്യമല്ല കർമ്മം കൊണ്ടോ യത്നം കൊണ്ടോ സാധ്യമാകുന്നതെല്ലാം ഉത്പന്നമാകുന്നതാണ് എന്തായാലും ഇത് മോക്ഷം ഉത്പന്നമാകുന്നതല്ല അത് നിത്യമാണ് മാത്രമേതാണ് വസ്തു നശിക്കുന്നു അതിന്റെ അഭാവം ഉണ്ടാവും പിന്നെ അഭാവത്തിന് നിങ്ങൾ കൽപ്പിക്കുന്ന ഭേദം പ്രാഗഭാവം പ്രധ്വംസാഭാവം അത്യന്താഭാവം അന്യോന്യാഭാവം ഇങ്ങനെ അഭാവങ്ങളൊന്നുമില്ല അന്യോന്യാഭാവത്തെക്കുറിച്ച് പറയും പുസ്തകം മേശയല്ല മേശ പുസ്തകമല്ല അന്യോന്യാഭാവം ഉണ്ട് ഒന്നും മറ്റൊന്നാകുന്നില്ല ഒന്നിന്റെ ഭേദം മറ്റവരുടെ തൊണ്ട് ഇത്തരത്തിലുള്ള അഭാവകൽപ്പന ഭേദകൽപ്പനെ സ്വീകരിക്കാൻ നിവൃത്തിയില്ല അഭാവസ്ഥ വിശേഷാഭാവ അഭാവത്തിനങ്ങനെ വിശേഷങ്ങളില്ല പിന്നെ നിങ്ങളെ പ്രധംസം പ്രാഗഭാവം അത്യന്താഭാവം അന്യന്യാഭാവം എന്നൊക്കെ പറയുന്നത് വികല്പ മാത്രമേ വരും കല്പനകൾ ഇവിടെ എന്താണോ സംസാര നിവൃത്തി അംഗീകരിക്കുന്നു പക്ഷെ ആ സംസാര നിവൃത്തി എന്ന് പറയുന്നത് ആത്മസ്വരൂപം തന്നെ അതിൽ ഭാവപ്രതിയോഗി ഹി അഭാവ ഭാവമാകുന്ന പ്രതിയോഗിയോടുകൂടി അതാണ് അഭാവം ഭാവപ്രതിയോഗി എസ് ഭാവപ്രതിയോഗി ഭാവമാകുന്ന പ്രതിയോഗിയോടുകൂടി ഒന്നിനെയാണ് അഭാവം എന്ന് പറയുന്നത് എവിടെ ആയാലും ശരി പ്രാഗഭാവമായാലും പ്രധ്വംസഭാവമായാലും അന്യോന്യഭാവമായാലും അപ്പൊ അഭാവം ഏകരൂപത്തിലേ ഉള്ളൂ അഭാവത്തിന് നിങ്ങൾ കൽപ്പനകൾ പലതും ചെയ്തു എന്നിട്ട് പറയുന്നു ഉണ്ടാകുന്ന അഭാവം നശിക്കാത്ത അഭാവം അങ്ങനെയില്ല അഭാവത്തെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഭാവത്തിന് വിരുദ്ധമായിരിക്കുന്നത് വെളിച്ചത്തിന് വിരുദ്ധമായിരിക്കുന്ന ഇരുട്ട് അതുപോലെ ഭാവത്തിന് വിരുദ്ധമായത് അഭാവം അത് കഴിഞ്ഞതിന് ഭേദകൽപ്പനകൾക്കൊന്നും സ്ഥാനമില്ല അത് എന്താണ് അത് അധികരണ സ്വരൂപം തന്നെ പുസ്തകത്തിൽ മേശയിൽ പുസ്തകമില്ലാന്ന് പറഞ്ഞാൽ മേശയുണ്ടെന്നേ ഉള്ളൂ അതിനർത്ഥം അവിടെ കാണുന്നുണ്ടോ അഭാവം എന്ന് പറയുന്ന ഒരു വസ്തുവിന് കാണുന്നില്ല എന്നർത്ഥം അതുകൊണ്ട് കർമ്മത്തിന്റെ ഫലം മോക്ഷം എന്നുള്ളതിന് ഭാഷകാരം നിഷേധിക്കുന്നു ഞാൻ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു യഥാഹി അഭിന്നോ വിഭാവോ ഘടപടാതിർവിശേഷ്യത്തെ ഭിന്ന ഇവ ഘടഭാവം നിർവിശേഷ ക്രിയാഗുണയോഗ ദ്രവ്യാധിപത് വികല്പ്യത്തെ ഭാവത്തെക്കുറിച്ച് പറയുന്നു ഭാവം അഭിന്നമാണ് സത്ത അല്ലെങ്കിൽ ഉണ്മ അതഭിന്നമാണ് ഓരോ വസ്തുവിലും അനുഭവിക്കുന്ന ഉണ്മ ഏകമാണ് പുസ്തകമുണ്ട് മേശയുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പുസ്തകത്തിനൊരു പേരെ ഉണ്മ മേശയ്ക്കും മറ്റൊരു ഉന്മ അങ്ങനെയല്ല ഒരേ ഒരു ഉന്മ സർവവസ്തുക്കളിലൂടെയും പ്രകടമാവുകയാണ് നമ്മൾ അതിനെ വേർതിരിച്ച് പറയുന്നു ഇത് വസ്ത്രത്തിന്റെ അസ്തിത്വം ഇത് പുസ്തകത്തിന്റെ അസ്തിത്വം ഇത് മേശയുടെ അസ്തിത്വം എന്നിട്ട് പറയുന്നു ആ ഇവിടെ പുസ്തകം ഉണ്ട് ഇവിടെ പുസ്തകമില്ല ഇവിടെ മേശ ഉണ്ട് മേശയില്ല അല്ല എവിടെയെങ്കിലും അവിടെ നമുക്ക് അസ്തിത്വത്തിൽ നിഷേധിക്കാൻ കഴിയുന്നുണ്ടോ പുസ്തകമുണ്ട് പുസ്തകമില്ല എന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ സാധ്യല്ല എന്തുകൊണ്ട് സർവത്ര അനുസ്യതമായിരിക്കുന്നു എന്നാണ് അസ്തിത്വം എവിടെയെങ്കിലും നമ്മൾ പുസ്തകമില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട് അസ്തിത്വമുണ്ട് അല്ലായ്മയും ഒരസ്തിത്വത്തിലാണ് നിലനിൽക്കുന്നത് അത് അസ്തിത്വത്തെ നിഷേധിക്കാൻ വയ്യെങ്കിലും അസ്തിത്വം ഏകമാണെങ്കിലും അസ്തിത്വത്തെ നമ്മൾ നിഷേധിക്കുകയും അസ്തിത്വത്തെ പലതാണെന്ന് പറയുകയും ചെയ്യുന്നു ഇന്നതുണ്ട് മറ്റൊന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭിന്ന ഇവ പലതുപോലെ പടഭാവ പടഭാവ ഇത്തൈവം നിർവിശേഷ്യഭാവ ഇതുപോലെയാണ് അഭാവത്തെ സംബന്ധിച്ച് അതിൽ ഭേദങ്ങളില്ല അത് ഏകരൂപമാണ് അഭാവം എന്ന് പറയുന്നത് എന്തുകൊണ്ടത് അധികണ്ണ രൂപമാണ് വസ്ത്രത്തിൻ്റെ അഭാവം നൂലിലുണ്ടെന്ന് വെച്ചാൽ നൂലുകളാണ് ആ നൂലിൻ്റെ അഭാവം പഞ്ഞിയിലുണ്ടെന്ന് വെച്ചാൽ അത് പഞ്ഞിയാണ് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അഭാവം ആ അധികണ് സ്വരൂപം തന്നെ നിർവിശേഷ അതിന് ഭേദം ഒന്നും പറയാൻ പയ്യ എന്നാലും ക്രിയാഗുണയോഗ ക്രിയായോഗം കൊണ്ട് പറയുന്നു എന്റെ ഉത്പത്തി അഭാവം ഉണ്ടാകുന്നു അഭാവം നശിക്കുന്നു പ്രാഗഭാവം നശിക്കുന്നു ധംസം ഉണ്ടാകുന്നു ക്രിയായോഗം കൊണ്ട് ഗുണയോഗം കൊണ്ട് പറയുന്നു അഭാവത്തിന് പറയുന്നു ഇത് ഇവിടെ ഒന്നിന്റെ അഭാവമുണ്ട് മറ്റുള്ള രണ്ടഭാവമുണ്ട് ഗുണയോഗം സംഖ്യാബന്ധം ഇതെല്ലാം പറയും ദ്രവ്യാധിപതി വികൽപ്യത എങ്ങനെയാണോ ഉണ്മയെ വസ്തുക്കളോട് ബന്ധപ്പെടുത്തി അതിൽ വികല്പങ്ങൾ പലതാക്കുന്ന അതുപോലെ അഭാവത്തെ സംബന്ധിച്ച് ഇതെല്ലാം നിങ്ങളുടെ കല്പനകളാണ് സംസാരം നിവൃത്തി ആത്മസ്വരൂപം തന്നെ അത് ആത്മസ്വരൂപം ജന്യമല്ലാതെ നിത്യമാണ് നിത്യമായ ആത്മസ്വരൂപത്തെ എങ്ങനെ കർമ്മത്തിലൂടെ നേടാൻ കഴിയും അഭാവ ഉത്പലാധിപത് വിശേഷണ സഹഭാവി പറയുന്നു അനുഭവം അങ്ങനെയാണല്ലോ പുസ്തകത്തിൻ്റെ അഭാവം മേശയുടെ അഭാവം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വെവ്വേറെ അനുഭവങ്ങൾ ഉണ്ടല്ലോ ഭാവം ഏകമാണെന്ന് അങ്ങനെ പറയാൻ പറ്റും അങ്ങനെയാണെങ്കിലും പുസ്തകത്തിന്റെ അഭാവം വേശയുടെ അഭാവം എന്നിങ്ങനെ പ്രത്യേകം പറയാൻ കഴിയുന്നു അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്താണ് ഉത്പലാധിപത് വിശേഷണ സഹഭാവി നീലോത്പലമെന്ന് പറയുന്ന പോലെയല്ല ഉത്പലം വിശേഷണ സഹഭാവിയാണ് എന്നുവെച്ചാൽ അത് വിശേഷണത്തോടു കൂടിയിരിക്കുന്നു നീലോത്പലം നീല എന്ന് പറയുന്നതിന്റെ വിശേഷണമാണ് ഗുണം അതിന് രണ്ടിനും തുല്യമായ അസ്തിത്വമുണ്ട് ഉത്പലമുണ്ടോ അവിടെ നീലയും ഉണ്ടോ അപ്പം ഒരിക്കലും നീലയ്ക്ക് ഉത്പലത്തെ പിരിഞ്ഞിരിക്കാൻ വയ്യ ആ നീല നിറത്തിന് മാറാൻ കഴിയില്ല അതാണ് വിശേഷണ സഹഭാവി ഉത്പലം നീലയാകുന്ന വിശേഷണത്തോട് കൂടിയിരിക്കുന്നതാണ് സദാസമയം അതുപോലെ തന്നെ വസ്തുവിന്റെ അഭാവം എന്ന് പറയുമ്പോൾ പുസ്തകാഭാവം എന്ന് പറയുന്നത് അതുപോലെ അല്ല വിശേഷണപത്വിയെ ഭാവൈവ സാ പറയുന്നു പുസ്തക അഭാവം എന്ന് പറയുമ്പോഴും അഭാവത്തിനൊരു വിശേഷണമുണ്ടല്ല പുസ്തകം നീലോത്പലം എന്ന് പറഞ്ഞപ്പോൾ ഉത്പലത്തിന് നീലം വിശേഷണം എന്നതുപോലെ പുസ്തകാഭാവം എന്ന് പറയുമ്പോൾ അഭാവത്തിന് പുസ്തകം വിശേഷണം എന്ന് രണ്ടെന്നുമ്പെന്താ വ്യത്യാസം വ്യത്യാസമുണ്ട് എന്തുകൊണ്ട് നീലോത്പലം എന്ന് പറയുമ്പോൾ രണ്ടും ഭാവമാണ് പുസ്തക അഭാവം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നേ ഉള്ളൂ പുസ്തകത്തിന്റെ അഭാവം മാത്രം പുസ്തകമില്ല പുസ്തകത്തെ കൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വിശേഷണ വൃത്തി വിഭാവ ഏവസ്യ അഭാവമൊന്നുമില്ലെന്ന് പറയേണ്ടി വരും അഭാവത്തിനോടുകൂടി പുസ്തകം എന്ന് പറയുന്ന വിശേഷണത്തെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടെ അഭാവമില്ലെന്ന് പറയേണ്ടി വരും രണ്ട് സ്വഭാവത്തിലുള്ളതാണ് ഭാവം വിശേഷത്തോടുകൂടിയിരിക്കാം അഭാവത്തിന് അതിന് സാധ്യമല്ല അത് നിർവിശേഷമാണ് അതുകൊണ്ട് കർമ്മം കൊണ്ട് മോക്ഷ സാധ്യമല്ല കർമ്മത്തിന് പ്രയോജനമില്ലെന്നാണ് പറയുന്നത് കർമ്മത്തിന് മോക്ഷമാകുന്ന പ്രയോജനം ഇല്ല പിന്നെന്താ കർമ്മത്തിന്റെ പ്രയോജനം പറയുന്ന കർമ്മം കർമ്മയോഗമായാൽ അതിന് പ്രയോജനം മറിച്ചാണെങ്കിൽ അതിന് പ്രയോജനമില്ല മോക്ഷമാകുന്ന പ്രയോജനമില്ല എന്നർത്ഥം അതിനെന്തേ ഇനി മറ്റൊരു പക്ഷെ വിദ്യാകർമ്മ കൃ നിത്യത്വ വിദ്യാകർമ്മ സന്താന ജനിത മോക്ഷ നിത്യത്വം പറയുന്നത് ഈ വിദ്യാകർമ്മം ജ്ഞാനവും കർമ്മവും അതിൻ്റെ കടുത്തടത്വവും ഇതിങ്ങനെ അനാദിയായി തുടർന്നു വരികയാണ് അപ്പം ഈ വിദ്യാകർമ്മങ്ങളിലൂടെ ഒരുവൻ അവനെ സംസ്കരിക്കും അങ്ങനെ സംസ്കരിച്ച് സംസ്കരിച്ച് അവനെ പരിണമിപ്പിച്ച് അവനുള്ള ദോഷങ്ങളെല്ലാം മാറ്റി സംസ്കരിച്ച് എങ്ങനെയാണോ സ്വർണം അതിനെ സംസ്കരിച്ച് അതിൻ്റെ കറകളെല്ലാം കളഞ്ഞ് അതിനെ ശുദ്ധമാക്കി എടുക്കുന്നത് അതുപോലെ വിദ്യാകർമ്മ കത്തൃത്വവും നിത്യമാണെങ്കിലും വിദ്യാകർമ്മസന്താന ജനിത മോക്ഷം അതിലൂടെ സംസ്കരിച്ച് വരുന്ന ആ വിദ്യാകർമ്മശുദ്ധി അതാണ് മോക്ഷം എന്ന് പറഞ്ഞാലോ അങ്ങനെയും പറയുന്നുണ്ട് മോക്ഷം എന്ന് പറയുന്നത് എന്താണ് കർമ്മശുദ്ധിയാണ് ജ്ഞാനത്തിന്റെ ശുദ്ധിയാണ് അതാണ് ജ്ഞാനത്തിൽ ഇപ്പോ സംശയങ്ങളുണ്ട് അജ്ഞാനമുണ്ട് ഭ്രാന്തിയുണ്ട് ഇതെല്ലാം മാറ്റി ജ്ഞാനത്തെ ശുദ്ധമാക്കുക അതിനുവേണ്ടി എന്ത് ചെയ്യണം എപ്പോഴും ജ്ഞാനവും കർമ്മവും കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പ്രവർത്തിക്കണമെങ്കിൽ അവിടെ കർത്തൃത്വം വേണം ജ്ഞാനം കർമ്മം അതിനെ നിലനിർത്തുന്ന കർത്തൃത്വം ഈ കർത്തൃത്വം നിത്യമായിരിക്കുന്നു ആ കർത്തൃത്വത്തെ ആശ്രയിച്ച് നിത്യമായി പ്രവർത്തിക്കുന്നു അങ്ങനെ ആ കർത്തൃത്വത്തിന്റെ സഹായത്തോടെ തന്നെ ആ കർമ്മത്തിലൂടെ തന്നെ വരുന്ന ശുദ്ധി അതാണ് മോക്ഷം അവൻ ശുദ്ധകർത്താവും അവൻ ശുദ്ധകർമ്മം കാണും അവൻ ശുദ്ധ ജ്ഞാനം കാണും ഇതൊക്കെയാണ് ഗംഗാസ്രോതോവത്ത് അതൊരു പ്രവാഹമാണ് ഗംഗാസ്രോതസ്സുപോലെ ഗംഗാസ്രോതസ് എന്താണ് അനാദിയായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് അനന്തമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രവാഹത്തിനൊരു നിത്യതയുണ്ട് അപ്രവാഹത്തിൽ പരിണാമമുണ്ടെങ്കിൽ നിത്യമാണ് നിത്യതെ നിഷേധിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഇന്നലെ കണ്ട് ഗംഗ തന്നെ ഇന്നും കാണുന്നു പ്രവാഹമെന്നുള്ള നൽകി ജലം മാറിപ്പോയി പക്ഷെ പ്രവാഹം അത് ഇന്നലെ കണ്ടതുപോലെ തന്നെ ഇന്നും പറയും ഗംഗ പൊഴുകുന്നു നാളെയും പറയും ഗംഗ പെഴുകുന്നു അവിടെ പരിണാമം സംഭവിക്കുന്നു മാറ്റം സംഭവിക്കുന്നെങ്കിലും അതിലൊരു നിത്യത ഉണ്ടണം അങ്ങനൊരു ദീപം ജലിച്ചുകൊണ്ടിരിക്കുന്നു പ്രതിക്ഷണം അവിടെ ദീപശിഖകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ പറയുന്നു സ്വയം ദീപ ആ ദീപം തന്നെ ഇന്നലെ പ്രകാശിച്ചിരുന്നു അതേ ദീപം തന്നെ ഇന്നും പ്രകാശിക്കുന്നു ഇന്നലെ ഒഴുകി അതേ ഗംഗ തന്നെ ഇന്നും ഒഴുകുന്നു അപ്പൊ ഈ പ്രവാഹം ഇത് അവസാനിക്കാതിരിക്കുന്നു അപ്പൊ ജ്ഞാനകർമ്മങ്ങളെ കർത്തൃത്വത്തെ ശുദ്ധീകരിക്കുക ശുദ്ധീകരിക്കുമ്പോൾ ഇതിങ്ങനെ ശുദ്ധമായ ഈ പ്രവാഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അവസാനിക്കാതെ അതാണ് മോക്ഷം ഗംഗാസ്രോതവും അതിൽ പരിണാമം ഉണ്ടെങ്കിലും അത് മോക്ഷം മുക്തമാണ് ശുദ്ധമായതുകൊണ്ട് അതുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കണം കർമ്മം കൊണ്ട് തന്നെ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കണം ആ ശുദ്ധി തന്നെയായിരിക്കും മോക്ഷം എന്ന് പറഞ്ഞാൽ എന്നാ കർത്തൃത്വസ്യ ദുഃഖരൂപത്വ പറയുന്നു കർത്തൃത്വം ദുഃഖരൂപമാണ് എങ്ങനെ പർത്തറത്തം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങനെ നിങ്ങൾ ശുദ്ധമാക്കാൻ പറ്റും പറത്തൃത്തം കൊണ്ട് ശുദ്ധമാക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് ആത്യന്തികമായി അത് ദുഃഖരൂപമാണ് എന്തുകൊണ്ട് ദുഃഖരൂപമായിരിക്കുന്നു കാരണം അത് സംസാരത്തെ അവസാനിപ്പിക്കുന്നില്ല അതുകൊണ്ട് സംസാരം സുഖരൂപത്തിലായാലും ദുഃഖരൂപത്തിലായാലും ആത്യന്തികമായി അത് ദുഃഖം തന്നെ കർമ്മഫലം രണ്ടു തരത്തിലും വരാം സുഖരൂപത്തിനും ദുഃഖരൂപത്തിനും വരാം പക്ഷെ ആത്യന്തികമായി സംഭവിക്കാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ജനന മരണങ്ങൾക്ക് തരണമായിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജനന തുടരുന്നതുകൊണ്ട് ർത്തൃത്വം ദുഃഖരൂപമാണ് ആ കർത്തൃത്വത്തെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മോക്ഷം നേടാൻ പറ്റും നീ കർത്തൃത്വത്തെ അവസാനിപ്പിച്ചാലോ കർത്തൃത്വ ഉപരമോക്ഷേതാ നിങ്ങൾ നിങ്ങളെ കർമ്മത്തിലൂടെ സുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ജന്മജന്മങ്ങളിൽ സിദ്ധി വരുത്തുന്നു നിങ്ങളെ അറിവിനെ ശുദ്ധമാക്കുന്നു കർമ്മത്തെ ശുദ്ധമാക്കുന്നു അവിടെ യത്നം ആവശ്യമാണ് കർത്തൃത്വ ബോധത്തോടുകൂടിയാണ് അത് ചെയ്യുന്നത് അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല കർത്തൃത്വ ബോധത്തോടുകൂടി ചെയ്യുന്നു അങ്ങനെ ശുദ്ധി അപ്പോ അവന് അഭിമാനം വരുന്നതാണ് ഞാൻ ശുദ്ധനായി കർമ്മം കൊണ്ട് ശുദ്ധമായി ശുദ്ധനായി എന്റെ ജ്ഞാനം ശുദ്ധമായി അവിടെ കർത്തൃത്വം നിലനിൽക്കുന്നു ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ച് കർത്തൃത്വം ഇല്ലാതാകുകയില്ല നിലവിലുള്ള കർത്തൃത്വം തന്നെ ജ്ഞാനത്തിന്റെ സഹായമൊന്നും കൂടാതെ കർമ്മം കൊണ്ടാണ് ശുദ്ധമാകുന്നത് അങ്ങനെ ശുദ്ധമായി വരുമ്പോൾ ഈ കർത്തൃത്വം നശിച്ചു കഴിഞ്ഞാൽ എന്താണ് മോക്ഷവിച്ഛേത മോക്ഷവും ഇല്ലാതായിപ്പോ കാരണം എന്തുകൊണ്ടാണോ നിങ്ങൾ മോക്ഷത്തെ ഉണ്ടാക്കിയതെന്ന് നശിച്ചു കാരണം നശിച്ചു കാര്യം നശിച്ചു നിങ്ങളുടെ മോക്ഷം എന്താണ് കർത്തൃത്വ ശുദ്ധിയാണ് അതുകൊണ്ട് കർത്തൃത്വത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് കർമ്മത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് മോക്ഷത്തെക്കുറിച്ചുള്ള സർവ്വസങ്കല്പങ്ങളും അത് ഏതൊക്കെ സങ്കല്പിച്ചാലും ശരി എങ്ങനെയൊക്കെ സങ്കല്പിച്ചാലും ശരി യുക്തിക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് കർത്തൃത്വം സ്വീകരിക്കാൻ നിവർത്തിയില്ല ദുഃഖരൂപത്തിലാണോ എന്നാലും കർമ്മം ചെയ്യുന്നുണ്ടല്ലോ പറഞ്ഞല്ലോ കർമ്മഫലമായ ആനന്ദം ആനന്ദത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു അപ്പത് സുഖമാണല്ലോ സുഖമാണ് പക്ഷെ അത് ദുഃഖമായി പിന്നീട് പരിണമിക്കുന്നു എന്ന് പറഞ്ഞാൽ അസുഖത്തിന് സ്ഥായിയായി നിനക്കർമ്മിക്കാം വീണ്ടും ദുഃഖം വരും അസുഖം ദുഃഖത്തിന്റെ മുന്നോടിയാണ് അതുകൊണ്ട് അസുഖത്തെയും ദുഃഖമായി കണക്കാക്കിയാൽ മതി കർമ്മത്തിൽ ദുഃഖമെന്ന് പറയുന്നത് അത് ദൃഷ്ട ദുഃഖമാണ് എന്നുവെച്ചാൽ തക്ഷണം കിട്ടുന്ന ദുഃഖമാണ് പിന്നീട് വരുന്ന ദുഃഖമാണ് കർമ്മം ചെയ്യുന്നു കർമ്മം ചെയ്യുന്നതിന് സന്തോഷമുണ്ട് പക്ഷെ കർമ്മം ചെയ്യുന്നതിൽ ക്ലേശം അതാണ് ദുഃഖം ക്ലേശം കൂടാതെ കർമ്മം സാധ്യമുണ്ട് ആനന്ദം കൊണ്ട് ആ ക്ലേശത്തെ വിസ്മരിച്ചാലും ക്ലേശം അവിടെ നിലനിൽക്കുന്നു അത് കർമ്മത്തിന്റെ പുരോഗതിയിൽ ക്ലേശങ്ങൾ കൂടുതൽ പ്രകടമാകും ദുഃഖത്തെ വിട്ടിട്ടൊരു കർമ്മം അത് സാധ്യമല്ല അതുകൊണ്ടാണ് മനുഷ്യൻ കർമ്മം ചെയ്യാൻ പഠിക്കുന്നത് കർമ്മത്തിൽ നിന്ന് സർവര് ഒഴിന്നുകൊണ്ടാണ് കാരണം കർമ്മം ദുഃഖരൂപമാണ് പിന്നെ മനുഷ്യൻ എന്തുകൊണ്ട് കർമ്മത്തിന് തയ്യാറാകുന്നു കാരണം ആ ദുഃഖത്തെ വിസ്മരിക്കത്തക്ക എന്തെങ്കിലും പ്രലോഭനങ്ങൾ എൻ്റെ മനസ്സിലാവും എന്തെങ്കിലും പ്രതിഫലം വരും അതുകൊണ്ടാണ് വളരെ ക്ലേശകരമായ യാഗാദികൾ ചെയ്യുന്നു ധനം വ്യയമുണ്ട് കായക്ലേശമുണ്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ട് എത്ര ബുദ്ധിമുട്ടിയായാലും അത് ചെയ്യുന്നു ക്ലേശ പൂർണമാണെങ്കിലും ചെയ്യുന്നു കാരണം സ്വർഗം എന്ന് പറയുന്നത് പ്രലോഭനം അപ്പൊ കർമ്മത്തിന് ഹേതു എപ്പോഴും പ്രലോഭനമാണ് അതുകൊണ്ടാണ് ഭക്ഷിക്കാരനും പറയുന്നത് കർമ്മത്തിന് ഹേതു കാമമാണ് കാമത്തിനാൽ പ്രേരിതമായ കർമ്മത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും കാമം കൊണ്ട് ദൂഷിതമായിരിക്കുന്ന ഒരു കർമ്മത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും കാമഹേതുവായിരിക്കുന്നുവെന്നെ എങ്ങനെ ശ്രേഷ്ഠമെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് കർമ്മം കൊണ്ടുള്ള മോട്ട് അതുപോലെ തരത്തിലും ഇവിടെ അംഗീകരിക്കുന്നില്ല കാരണം അതിന് ഹേതു കാമമാണ് കാമത്തെ അംഗീകരിക്കാമേ ആ കാമത്തിന് ഹേതു അവിദ്യയാണ് തസ്മാ കാമ കർമ്മ ഉപാദാന ഹേതു നിവൃത്തവും സ്വാത്മന്യാവസ്ഥാനം മോക്ഷം അതുകൊണ്ട് നിങ്ങൾ പറയുന്ന എന്താ മോക്ഷം താൻ ആദ്യം പറഞ്ഞ ഭാഗത്തേക്ക് വരുന്നത് അതിനെ നിഷേധിച്ചു ഏതെങ്കിലും തരത്തിൽ കർമ്മത്തിന്റെ മാർഗത്തിലൂടെ പോകാമെങ്കിൽ മോക്ഷം കിട്ടുമെന്നുള്ള ധാരണ ചെയ്യും ഇവിടെ കർമ്മത്തെ നിഷേധിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ആരോട് കർമ്മം ചെയ്യരുതെന്ന് പറയുകയല്ല അത് പറയുന്നില്ല ശങ്കരാചാര്യം പറയുന്നില്ല കർമ്മം ചെയ്ത എന്തുകൊണ്ട് കർമ്മം വേദത്തിൽ വിധിച്ചതാണ് വേദത്തിൽ വിധിച്ചത് ചേരുന്ന് പറയാൻ ആർക്കും അവകാശമുണ്ട് വേദത്തെക്കാൾ വലിയ ആരുമില്ല വേദത്തെക്കാൾ വലിയ പ്രമാണമല്ല ശങ്കരാചാര്യല്ലോ ഏതെങ്കിലും ആചാര്യോ വേദത്തെക്കാൾ വലിയ പ്രമാണമല്ലേ വിധിച്ചാൽ അരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല അതുകൊണ്ട് കർമ്മം ചെയ്യരുതെന്ന് പറയുന്നില്ല വേദം വ്യർത്ഥമാകാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേദം വ്യർത്ഥമാകും വേദം ഭാഗികമായി പ്രമാണല്ലോ ഭാഗികമായി പ്രമാണമില്ലെങ്കിൽ വേദം മൊത്തം പ്രമാണമല്ലെന്ന് വരും അങ്ങനെ വന്നുകഴിഞ്ഞാലോ വേദത്തിൽ പറയുന്ന മോക്ഷ വേണ്ട അതും പ്രമാണമല്ലെന്നു വരും മോക്ഷവും പ്രാമാണികമല്ലെന്നു വരും അങ്ങനെ വന്നാൽ വിവേകികൾ അതിൽ പ്രവർത്തിക്കാറുണ്ട് അതുകൊണ്ട് കർമ്മം അരുതെന്നല്ല പറയുന്നത് പറയുന്നെന്താണ് മോക്ഷത്തിന് വേണ്ടി കർമ്മം ഉപകരിക്കുന്നില്ല അതാണ് പറയുന്നത് അതാണ് ശങ്കരായും നിഷേധിക്കുന്നത് കർമ്മം കൊണ്ട് മോക്ഷം സാധ്യമല്ല സ്വർഗസാധ്യമല്ലെന്ന് പറയുന്നു പശു സാധ്യമല്ലെന്ന് പറയുന്നില്ല പുത്രൻ സാധ്യമല്ലെന്നും പറയുന്നില്ല അതെല്ലാം ശങ്കരാചാരൻ അംഗീകരിക്കുന്നുണ്ട് അതിനുവേണ്ടി കർമ്മമാകാം കർമ്മം കൊണ്ട് സാധ്യമാകും അതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത് അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ നാസ്തികനാകും ശങ്കരാചാരൻ നാസ്തികനാസ്തികർമ്മം ചെയ്യുക പക്ഷെ കർമ്മം ചെയ്താൽ അതിന്റെ ഫലം ും അനിത്യമായ ഫലം വേണം നിത്യമായ ഫലം വേണം നിത്യമായ ഫലമാണെങ്കിൽ അതിനുവേണ്ടി കർമ്മം ചെയ്യണ്ട തസ്മാവിദ്യ കാമ കർമ്മ ഉപാദാനും അതുകൊണ്ട് എങ്ങനെ മോക്ഷം സംഭവിക്കുന്നു അവിദ്യാ കാമം അതാണെന്ത് കർമ്മത്തിന്റെ ഉപാദാനം ഉപാദാന കാരണം ഉപാദാനഹേതു അത് നിവർത്തിക്കണം അവിദ്യ കാമങ്ങൾ എന്ന് പറയുന്ന കർമ്മത്തിന്റെ ഉപാദാനം അത് നിവർത്തിക്കണം അത് നിവർത്തിച്ചാൽ സ്വാത്മന്യവസ്ഥാനം അവൻ സ്വരൂപസ്ഥിതനാകുന്നു അതാണ് മോക്ഷ അതാണ് മോക്ഷ സ്വരൂപസ്ഥിതി അവന് കർമ്മങ്ങളിൽ നിന്നുള്ള വിമുക്തി സംഭവിക്കുന്നു അതാ കർമ്മത്തിലൂടെ മുക്തി അത് സാധ്യമേ അല്ല അതുകൊണ്ട് അതിന് യാതൊരു പഴുതും കൊടുക്കാതെ അവനവിടെ നിഷേധിച്ചിരിക്കുകയാണ് ഏതെല്ലാം തരത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാമോ അവനെയെല്ലാം ചിന്തിച്ചു നിഷേധിച്ചു കൊണ്ട് പറയുകയാണ് ാമ കർമ്മ അവിദ്യാ കാമങ്ങളാകുന്ന കർമ്മത്തിന്റെ ഉപാദാന കാരണം നശിച്ച നശിച്ച കർമ്മനാശം ഗുരുവിന്റെ കർമ്മബന്ധങ്ങൾ അവിടെ അവസാനിക്കുന്നു അവസാനിച്ച സ്വാഗ്നന്യവസ്ഥാനം സ്വരൂപസ്ഥിതി അതാണ് മോക്ഷം അതിനെ സംബന്ധിച്ച് വരുന്ന സംശയങ്ങൾക്കെല്ലാം നമ്മൾ പരിഹാരം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് നിവർത്തി വരുന്നത് കർമ്മം നിവൃത്തി കർമ്മത്തിന്റെ ഉപാധാനം നിവർത്തിക്കുമ്പോൾ കർമ്മം നിവർത്തി വരുന്നത് എന്താണ് കർമ്മം നിവൃത്തി സ്വരൂപസ്ഥിതി എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കർമ്മത്തിന്റെ സാങ്കത്യം എന്താണെന്നും പറഞ്ഞിട്ടുണ്ട് അതിന്റെ നിലനിൽപ്പ് എവിടെയാണ് എന്നും പറഞ്ഞിട്ടുണ്ട് നിലനിൽപ്പ് കർമ്മയോഗത്തിലാണ് അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പിന്നെ കർമ്മ ഉപാദാനഹേതുവൃത്തി കർമ്മ ഉപാദാനങ്ങളായ കാമകർമ്മങ്ങൾ നിവർത്തിച്ചു കഴിഞ്ഞാൽ സ്വരൂപസ്ഥിതി മോക്ഷം ഇതിനെ ചർച്ച ചെയ്യുന്നുണ്ട് ആ സ്വരൂപസ്ഥിതിയായ മോക്ഷത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് വീണ്ടും വന്നതുകൊണ്ട് വീണ്ടും ചർച്ച ചെയ്തു ദുരൂപസ്ഥിതിയായ മോക്ഷത്തിൽ കർമ്മം ഇല്ല എന്നാണ് പറയുന്നത് ഇല്ല എന്നാണ് മോക്ഷത്തിൽ കർമ്മമില്ല മോക്ഷം എന്താണ് പ്രത്യക്ഷസിദ്ധമാണ് അനുഭവസിദ്ധമായ കാര്യമാണോ അനുഭവസിദ്ധമായ കാര്യമാണ് അനുഭവസിദ്ധമായ ആ മോക്ഷത്തിൽ കർമ്മങ്ങളില്ല എന്നിവ വന്നാൽ മുക്തൻ മുക്തന്റെ നില എന്താണ് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താണ് അനുഭവസിദ്ധമായ ആ മോക്ഷത്തിൽ കർമ്മങ്ങളില്ല എന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ശരീരനാശം സംഭവിക്കുന്നു ശരീരത്തിന്റെ നാശം മോക്ഷത്തിനുടൻ സംഭവിക്കും ശരി ശരീരനാശം സംഭവിക്കുന്നു എന്നിരിക്കട്ടെ ശരീരനാശം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപദേശിക്കാനാണില്ലാത്തവരും മുക്തിയെ വെളിപ്പെടുത്താനാണില്ലാത്തവരും അങ്ങനെയല്ല കാണുന്നത് ശരീരം നിലനിൽക്കുന്നു മുക്തിയെ വെളിപ്പെടുത്തുന്നു എന്നുവെച്ചാൽ ഉപദേശം കൊടുക്കുന്നു ഇതൊക്കെ കർമ്മമല്ലേ പഴയ തോന്നി അങ്ങനെയാണെങ്കിൽ കർമ്മ ഉപാദാനം ഹേതും അതെങ്ങനെ സാധ്യമാകും എന്നുവെച്ചാൽ മുക്തല്ലങ്ങനെ കർമ്മസാധ്യമാകും അത് നമ്മൾ സമാധാനം പറഞ്ഞിട്ടുണ്ട് ഇന്നും അത് കർമ്മം കർമാഭാസമാണ് അത് കർമ്മപ്രതീതിയാണ് കർമ്മപ്രതീതി അത് വാസ്തവ കർമ്മമല്ല കർമ്മപ്രതീതിക്ക് എന്താ കാരണം വീണ്ടും ചോദിക്കാം എന്തുകൊണ്ടാ കർമ്മപ്രതീതി നിലനിൽക്കുന്നു കർമ്മമില്ലാന്ന് പറഞ്ഞ വീണ്ടും കർമ്മപ്രതീതി അംഗീകരിക്കുന്നു അപ്പൊ കർമ്മപ്രതീതി എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം പരമാർത്ഥമല്ലാത്ത കർമ്മം എന്താണ് സത്യമല്ലാത്ത കർമ്മം മുക്തനും പരമാർത്ഥമില്ലാത്ത കർമ്മം നിലനിൽക്കുന്നു അതിനെന്താ ഹേതു അതിനാണ് പ്രാരംഭം എന്ന് പറയുന്നത് അത് സത്യമാണോ അസത്യമല്ല അപ്പൊ അവിടെ കർമ്മത്തിന്റെ ഹേതുവായിരിക്കുന്ന എന്താണ് അവിദ്യ കാമ ഇതൊക്കെ നിവർത്തിക്കുന്നുണ്ടോ നിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പ്രതീതി നിലനിൽക്കും കാരണം ഇല്ലാതായി കഴിഞ്ഞാൽ ഉണർന്നിട്ട് പിന്നെ സ്വപ്നം കാണാൻ കഴിയത്തില്ലല്ലോ ജാഗ്രതത്തിൽ വന്നിട്ട് സ്വപ്നം കാണാൻ കഴിയുന്നില്ല അതുപോലെ ഇവിടെ കാരണമായിരിക്കുന്ന അവിദ്യാകാമങ്ങൾ നിവർത്തിച്ചു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ പ്രതീതി എങ്ങനെ നിലനിൽക്കും അത് കർമ്മം സത്യമായി നിലനിൽക്കുന്നതിന് സത്യമായ അവിദ്യാ കാമങ്ങൾ വേണം കർമ്മം പ്രതീതി രൂപത്തിൽ നിലനിൽക്കുന്നതിന് നിവർത്തിച്ച അവിദ്യാകാമങ്ങൾ മണിച്ച് ബാധിതമായ അവിദ്യാകാമങ്ങളെ കൊണ്ട് കർമ്മം നിലനിൽക്കുന്നു എന്താ അപ്പൊ ബാധിതം എന്ന് പറഞ്ഞാൽ അതിനുള്ള സത്യബുദ്ധി നശിച്ച അവിദ്യ കാമങ്ങളിലുള്ള സത്യബുദ്ധി നശിച്ചിട്ട് അവിദ്യ കാമ അങ്ങനെ പറയാം എന്തുകൊണ്ട് അത് നിവർത്തിക്കുന്നു എന്താ അതിനുള്ള സത്യബുദ്ധി നിവർത്തിക്കാല്പര്യം അത്പര്യം എന്താണോ അവിദ്യ കാമം കർമ്മം തുടങ്ങിയവയിലുള്ള താതാത്മ്യം അതില്ലാതാവുന്നു അജീവന്റെ താതാത്മ്യം നഷ്ടപ്പെടുന്നു അതിലുള്ള അഹന്ത മമതകൾ നഷ്ടപ്പെടുന്നു അതാണ് അതിന്റെ പ്രത്യക്ഷ ഫലം ദുഷ്ടഫലം അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആ അവിദ്യ കാമകർമ്മങ്ങളിൽ അവന്റെ അഹന്ത താതാത്മ്യമുണ്ട് അഹന്തി മമതയും ഉണ്ട് അതിനല്ല ഞാൻ അജ്ഞനാണ് എനിക്ക് സ്വർഗ്ഗഫലം എനിക്ക് യാഗം ചെയ്യണം അവിദ്യ കാമ കർമ്മം എല്ലാത്തിനുമുണ്ടാവും സ്വർഗം എൻ്റെതാണ് കർമ്മം എൻ്റെതാണ് അജ്ഞാനം എൻ്റെതാണ് എല്ലാത്തിനുമുണ്ട് മമത എല്ലാത്തിനുണ്ട് അജ്ഞത എല്ലാത്തിലും ഉണ്ട് അഹന്ത അപ്പൊ ഈ അഹന്ത താതാത്മ്യം മമത ഇത് അവിദ്യ കാമ കർമ്മങ്ങളിൽ നിന്നും പിന്മാകും ഇല്ലാതായി കഴിഞ്ഞാൽ ശേഷിക്കുന്നതിനാണ് പ്രതീതി എന്ന് പറയുന്നത് അവിദ്യ കാമകർമ്മങ്ങൾ അഹന്താ മമതയോട് ചേർന്നിരിക്കുമ്പോൾ സത്യം വാസ്തവം അത് സംസാരം സംസാരം വൃത്തിയിലോ അവിദ്യാ കാമകർമ്മങ്ങളോടുള്ള അഹന്താത്മ്യം നശ് അതാണ് മുക്തി അഹന്താ താതാത്മ്യം ഇല്ലാതാകുകയാണ് ഒരു ജീവൻ അതിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നു അത് നശിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും കേവല പ്രതിലൂ പ്രാരബ്ധം കൊണ്ട് നിലനിൽക്കുന്നു അതാണ് ഞാനീയുടെ കർമ്മത്തിന്റെ സമർപ്പണം ഞാൻ ഈ എങ്ങനെ കർമ്മം സംഭവിക്കുന്നുള്ള സമർത്ഥന അത് അനുഭവസിദ്ധമാണ് അഹന്ത മമത നിവൃത്തി എങ്ങനെയാണ് അനുഭവ സിദ്ധമാകുന്നത് അതെങ്ങനെ സാധ്യമാകും സാധ്യമാകും കാരണം നമുക്കും അനുഭവമാണ് ചിലവർക്കും അഹന്ത മമത നിവൃത്തി അനുഭവമാണ് ഒരു ജീവൻ അവന്റെ ശരീരത്തിൽ അവന്റെ കാമകർമ്മങ്ങളിലെല്ലാം അഹന്ത മമതയുണ്ടെങ്കിലും അന്യജീവന്റെ കാമങ്ങളിൽ കർമ്മങ്ങളിൽ ശരീരത്തിൽ അതില്ല അഹന്തയില്ല അതുകൊണ്ട് ആ അഹന്തയെ തുറന്നു വരുന്ന മമതയല്ല തന്റെ അഹന്തയെ തുറന്നു വരുന്ന മമത അന്യടുത്താണ് പക്ഷെ അന്യ ശരീരാദികളിൽ കർമ്മങ്ങളിൽ കാമങ്ങളിൽ ഒരു ജീവന് അവിടെ അഹന്തയില്ല താഥന്ത്യല്ല അതിനെ തുടർന്ന് വരുന്ന മമതയും അവിടെ നിന്ന് നിവർത്തിച്ചിരിക്കുകയാണ് നിവൃത്തിയും മമതാ നിവൃത്തിയും അന്യമായിൽ അനുഭവസിദ്ധമാണ് െ സംബന്ധിച്ചിടത്തോളം ആത്മാനാത്മവിവേകം കൊണ്ട് അവന്റെ ശരീരം ഈ അവിദ്യാകാമകർമ്മങ്ങൾ അന്യമാകുന്നു അവനിൽ ആഹന്ദ മമത അതിൽ വരുന്നില്ല വരാത്തത് അതുപോലെ താൻ അഭിമാനിച്ചിരുന്ന ശരീരത്തിലും അതില്ലാതെ അതെങ്ങനെ സംഭവിക്കും ഈ ശരീരമുള്ളപ്പോൾ എങ്ങനെയാ ശരീരമുള്ളപ്പോൾ ശരീരത്തിൽ നിന്ന് അഹന്ത എന്ന് വൃത്തി സംഭവിക്കും അസഹജമായി സംഭവിക്കുന്നുണ്ട് സുഷുതയിൽ അത് അസാധ്യമായ കാര്യമില്ല സുഷുതയിൽ സഹജമായി സംഭവിച്ചതാണ് ശരീരത്തിലുള്ള അഹന്ത എന്ന് വൃത്തി സംഭവിച്ചു ഈ ശരീരത്തിലുള്ള മമത എന്ന് വൃത്തി സംഭവിച്ചു പക്ഷെ അത് സഹജമായി പോയി അതവൻ ഉപനിഷത്ത് ശ്രവണം കൊണ്ട് സംഭവിച്ചു വേദാന്ത വിജ്ഞാനം കൊണ്ട് ഉണ്ടായതല്ല സഹജമായി സംഭവിച്ചു അതുകൊണ്ട് അത് പ്രയോജനമില്ലാത്തതായി പോകും വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം കടന്നു വരുന്നു അവന് ബന്ധനസ്ഥനാകുന്നു അതുവരെ അവൻ മുക്തനായിരുന്നു അപ്പൊ സുഷൃത്തിക്ക് കഴിയാത്തതാണ് ഉപനിഷത്ത് പറയുന്നത് സുഷൃത്തിൽ അത് കഴിയുന്നില്ല പക്ഷെ ഉപനിഷത്ത് എന്ത് പറയുന്നു അത് ജാഗ്രത അതാകാമെന്ന് പറയുന്നു അഹന്ത മമത നിവൃത്തി താതാത്മ്യം നിവൃത്തി അധ്യാസ നിവൃത്തി എന്നെല്ലാം പറയുന്ന ഒന്ന് തന്നെ ഹൃദയഗ്രന്ഥി നാശം ഭിദ്ധ്യത ഹൃദയഗ്രന്ഥി എല്ലാ തന്നെ അത് സംഭവിക്കുമ്പോൾ എന്താണ് അവിടെ വിദ്യാ കാമ കർമ്മ ഉപാദാന ഹേതുക്കളെല്ലാം നിവർത്തിച്ചാലും ഇതെന്നെ അവിടെ നിൽക്കും അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്നു മുക്തനെങ്ങനെ ഭക്ഷണത്തെ ആഗ്രഹിക്കും ആഗ്രഹിക്കുന്ന അതെങ്ങനെ സംഭവിക്കും കാണുന്നുണ്ടല്ലോ അതാഗ്രഹിക്കുന്നതായിട്ട് അപ്പൊ കാണുന്ന സ്വീകരിച്ചേ പറ്റി വന്നുകൊണ്ട് മുക്തന്റെ സ്വീകരിക്കുന്നു മുക്തന്റെ ഉപദേശത്തെയാണല്ലോ സ്വീകരിക്കുന്നത് മുക്തനിൽ നിന്നാണ് വരുന്ന ഉപദേശം അപ്പം മുക്തന്റെ ചേഷ്ടകളെല്ലാം കാണുന്നുണ്ട് അതെല്ലാം സംഭവിക്കാം അവർ എന്താണ് അത് കേവല പ്രതീതി മാത്രമായി അവിദ്യാ കാമങ്ങൾ നിവർത്തിച്ചാലും അത് നിലനിൽക്കുന്നു അതുകൊണ്ട് സ്വാത്മന്യവസ്ഥാനം മുക്തനും എന്താ സ്വാത്മസ്ഥിതിക്ക് വിരുദ്ധമായിരുന്നത് ഈ ശരീരാദികളിലുള്ള താതാത്മ്യം തന്നെ അജ്ഞനെ സംബന്ധിച്ച് എങ്ങനെയാണോ അന്യ ശരീരാദികളിലുള്ള താതാത്മ്യം നിവർത്തിച്ചത് അതുപോലെ മുക്തനിലും സ്വശരീരത്തിലുള്ള താതാത്മ്യം നിവർത്തിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എല്ലാന്മാരിലും എങ്ങനെയാണോ സുഷുതിയിലുള്ള ആ ശരീര താതാത്മ്യം നിവർത്തിക്കുന്നത് അതുപോലെ സുപ്തവത് സുഷുപ്തനെപ്പോലെ ജാഗ്രത്തിലും ആ മുക്തനൻ ആ ശരീരാദികളുള്ള താതാത്മ്യം നിവർത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് മുക്തൻ ഭക്ഷണത്തെ ആഗ്രഹിക്കാമോ ശിഷ്യന്റെ ആഗ്രഹിക്കാമോ ലോകത്തിന്റെ തന്നെ ആഗ്രഹിക്കാമോ എന്നുള്ള ചോദ്യങ്ങൾക്കിവിടെ പ്രസക്തിയില്ല അതെല്ലാം പ്രതീതിയായി നിലനിൽക്കുന്നു മുക്തനെന്ത് ചെയ്യുന്നു സ്വത്ന അവസ്ഥാനം സ്വരൂപസ്ഥിതി ആയിട്ടുള്ളു മോക്ഷത്തെ പ്രാപിച്ചിരിക്കുന്നു അതാണ് അജ്ഞനെന്നുള്ള വ്യത്യാസം രണ്ടിടത്തും മോക്ഷം നിത്യസിദ്ധമായിരിക്കും അജ്ഞനിലും മോക്ഷം നിത്യസിദ്ധം തന്നെ മുക്തനിലും മോക്ഷം നിത്യ സിദ്ധം പക്ഷേ അജ്ഞനൻ ആ താതാത്മ്യം നിലനിൽക്കുന്നു മുക്തനാണെങ്കിലോ കേവല പ്രതീതി നിലനിൽക്കുന്നു അത് നമുക്ക് ഉറക്കം കൊണ്ട് സാധിക്കാൻ പറ്റാത്ത കാര്യമാണ് ഉറക്കത്തിൽ ഇതെല്ലാം നിവർത്തിച്ചിട്ടും ഉണർന്നപ്പോ വീണ്ടും ഇതെല്ലാം പിടികൂടിയിരിക്കുന്നു ഉണർവിൽ ഇത് സാധിക്കണമെങ്കിൽ ഭാഷകാലം പറയുന്നു ആ സ്വരൂപസ്ഥിതി അത് ആത്മബോധം കൊണ്ടേ സാധ്യമാകൂ ആത്മബോധം കൊണ്ട് മാത്രമേ ഈ താതാത്മ്യം വിടത്തുള്ളൂ ആത്മബോധം കൊണ്ട് മാത്രമേ ഇത് കേവലം പ്രതീതിയാകത്തുള്ളൂ സ്വരൂപസ്ഥിതിയാകുന്ന മോക്ഷം അങ്ങനെ സാധ്യമാകൂ അതാണ് അദ്വൈതത്തിന്റെ നിലപാട് സ്വയംചാത്മാ ബ്രഹ്മ ആത്മസ്ഥിതി എന്നോ അല്ലെങ്കിൽ ബ്രഹ്മസ്ഥിതി എന്നു പറയാം ആത്മാ എന്ന് പറഞ്ഞ ശബ്ദത്തിന് സ്വരൂപം സ്വയം സ്വന്തം സ്വം എന്നൊക്കെയാണ് താനും ഒരുവിനെ കുറിച്ച് സ്വം സ്വരൂപം എന്നെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാല് അവനാ ജീവഭാവത്തിനപ്പുറം ചിന്തിക്കാൻ കഴിയത്തില്ല ഈ പരിച്ഛിന്നമായ ശരീരവും ഈ മനസ്സും വികാര വിചാരങ്ങളുമെല്ലാം കൂടിച്ചേർന്നവര് ഈ ജീവതത്വം അഹമെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവതത്വം അപ്പം ഈ ജീവതത്വത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് കർമ്മങ്ങളിൽ നിന്നുള്ള നിവൃത്തി അതാണ് ഇവിടെ പറയുന്നത് ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ട് കർമ്മ നിവൃത്തി അത് സാധ്യമല്ല നമ്മൾ കർമ്മത്യാഗം എന്ന് നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ജീവഭാവത്തിലിരുന്നു കൊണ്ട് കർമ്മങ്ങൾ ധരിക്കുക അത് ത്യാഗമാകത്തില്ല എന്നുവെച്ചാൽ അവിടെ സ്വരൂപസ്ഥിതി സംഭവിക്കത്തില്ല എന്തുകൊണ്ട് ഈ ജീവഭാവത്തിന് ഹേതുവായിരിക്കുന്ന അജ്ഞാനം ഇരിക്കുന്നു അജ്ഞാനഫലമായ അഹന്തയിരിക്കുന്നു അതുകൊണ്ട് ധരിക്കുക കർമ്മത്തെ ധരിക്കുക ബന്ധിച്ചോളം സാധ്യമേ അല്ല അജ്ഞനൊരിക്കലും കർമ്മത്യാഗം സാധ്യമല്ല അതുകൊണ്ടാണ് ഭാഷിക്കാരൻ ആവർത്തിച്ചാവർച്ച് പറയുന്നത് അജ്ഞന് കർമ്മയോഗം അജ്ഞൻ കർമ്മയോഗം അനുഷ്ഠിച്ചു തന്നെ ഇരിക്കണം അല്ല ഈ ജീവഭാവത്തിലിരുന്ന് ഇതിനോടെല്ലാം താതാല്പ്പെട്ടിരുന്നുകൊണ്ട് ഞാൻ കർമ്മത്തെ തിരിക്കുന്നു ഞാൻ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു എന്ന് കരുതിയാൽ അത് കേവലം അജ്ഞാനകാര്യം മാത്രം അത് സാധ്യമല്ല കർമ്മത്തിൽ നിന്നൊരാൾക്ക് ജീവഭാവത്തിലിരുന്ന് മോചനം തേടുക സാധ്യമല്ല നമുക്ക് വേണമെങ്കിൽ ഒരു കർമ്മത്തെ മാറ്റിവെക്കാം പക്ഷെ കർമ്മത്തെ പാടെ മാറ്റാൻ സാധ്യമല്ല കർമ്മം താൻ ഒഴിവാക്കിയാൽ കർമ്മത്തെ ബലാത്കാരമായി കർമ്മത്തെ ഒഴിവാക്കിയാൽ ശരി ഒരു കർമ്മം തൽക്കാലത്തേക്ക് മാറി നിൽക്കും പക്ഷെ കർമ്മങ്ങൾ തന്നെ തേടി വരും തന്നെ വന്ന് പിടികൂടും അതൊന്നും രക്ഷപ്പെടാൻ ഒക്കത്തില്ല രക്ഷപ്പെട്ടാലും അടുത്ത കർമ്മങ്ങൾ എന്തുകൊണ്ട് ജീവഭാവത്തിലിരുന്നു കൊണ്ട് ജീവഭാവത്തിലിരിക്കുകയെന്ന് വെച്ചാൽ ഈ ശരീര മനസ്സുകളോട് താതാത്മ്യപ്പെട്ട് ഇരുന്നു കൊണ്ട് കർമ്മത്തെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു അത് സാധ്യമല്ല പിന്നെ ത്യാഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതോ നമ്മള് ചോദ്യം വരും ശാസ്ത്രങ്ങൾ ആ കർമ്മത്യാഗം സാധ്യമല്ലെങ്കിൽ സന്യാസം എന്ന് പറഞ്ഞിരിക്കുന്നതോ അത് എന്താണ് സുഹൃത്തിന് സാധിക്കുന്നില്ല സുഹൃത്തിയിൽ ആ താതാത്മ്യം നഷ്ടപ്പെടുന്നു പക്ഷേ സുഹൃത്തിയിലേക്ക് മാത്രം ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഇത് പിടികൂടുന്നു എന്താ അജ്ഞാനത്തിൽ താനജ്ഞനായിരിക്കുമ്പോൾ സംഭവിച്ച ആ കർമ്മത്യാഗം സുഹൃത്തിയിൽ കർമ്മത്യാഗം സംഭവിച്ച അത് സ്ഥായിയല്ല ിരുന്നുണ്ട് താൻ അജ്ഞനായിരുന്നു ചെയ്യുന്ന കർമ്മത്യാഗം സ്ഥായി നിന്നാലും കർമ്മത്യാഗത്തെ വിധിച്ചിരിക്കുന്നു അതുകൊണ്ട് പിന്നെ അതങ്ങനെ വിധിച്ചു അപ്പോ കർമ്മത്യാഗം സംഭവിക്കുന്നത് ഞാനിയാകുന്നു അങ്ങനെയാണെങ്കിൽ കർമ്മത്യാഗം എങ്ങനെ ഒരു ഉപായമാകും അവിടെ ഒരു വൈരുദ്ധ്യം തോന്നും ഇവിടെ പറയുന്നത് എന്താണോ കർമ്മത്യാഗം തത്വജ്ഞാനിക്കേ സാധ്യമാകൂ ആ സമയം കർമ്മത്യാഗത്തെ തന്നെ ഉപായമായി നിശ്ചയിച്ചിരിക്കുന്നു അതെങ്ങനെ സാധ്യമാകും അത് പല തലത്തിലാണ് ഏത് കച്ചും വൈദികമാണ് ആ കർമ്മത്യാഗം അവിടെ പറയുന്നത് എന്താണ് കർമ്മം മുഴുവനും ദോഷം തന്നെ എല്ലാം ദോഷത്തിൽ ചെയ്യുന്നത് പക്ഷേ അതിൽ നമുക്ക് ആത്യന്തികമായ ജ്ഞാനത്തിലൂടെയുള്ള കർമ്മത്യാഗം സാധിക്കണമോ ആദ്യം കാമനാപൂർവമായ കർമ്മങ്ങളെ ത്യജിക്കുക അജീവഭാവത്തിൽ തന്നെ അഹന്തയോടുകൂടി തന്നെ വേണ്ടെന്ന് വയ്ക്കുക അതാണ് വിധിവത്യാഗെന്ന് പറയുന്നത് കാരണം അത് വിധിക്കപ്പെട്ട കാർമ്മമാണ് അതിനെ തിരിക്കുന്നതിനുള്ള വിധികളിലൂടെ അതിനെ തിരിക്കുക അകാമ്യ കർമ്മങ്ങളെല്ലാം തിരിക്കുന്നു അഹന് അഹന്തയോടുകൂടി തന്നെ നിന്ന് അവന് മുക്തി ത്യാഗം കൊണ്ട് അവനും ആ നിന്ന് മുക്തി കർമ്മഫല കാമനയിൽ അതിൽ നിന്നവന് മുക്തരാകുന്നു കർമ്മമുക്തി സംഭവിക്കുന്നില്ല വീണ്ടും അവൻ കർമ്മശേഷിക്കുന്നു അതുമാത്രമല്ല എന്തുകൊണ്ട് സുഹൃത്തിയിൽ കർമ്മനിവൃത്തി വന്നിട്ടും ജാഗ്രത തുടർന്നില്ല സുഹൃത്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നപ്പോൾ വീണ്ടും എന്തുകൊണ്ട് ശരീരത്തിലെ അഭിമാനവും മറ്റും ഒന്നും ഇത് വരാതിരുന്നാൽ മതിയായി പക്ഷെ എന്തുകൊണ്ട് വന്നു അവിടെ വേദാന്ത ശ്രവണം ഉണ്ടായില്ല ഉപനിഷ്രവണ അവിടെ സുഹൃത്തി സംഭവിച്ചില്ല അപ്പോൾ ഉപനിഷ്രവണം സംഭവിക്കും ഉപനിഷ്രവണം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം കർമ്മത്യാഗത്തോടു കൂടി അത് സാധ്യമാണ് എൻ്റെ മനസ്സ് കർമ്മഫലമായ കാമനകളിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ഉപനിഷത് ശ്രവണം സാധ്യമല്ല അത് വളരെ സംസ്കൃതനായ വൈദിക മനുഷ്യനെ സംബന്ധിച്ചായാലും ശരി പ്രാകൃതരായ ഇന്നത്തെ മനുഷ്യരെ സംബന്ധിച്ചായാലും ശരി രണ്ടുപേരും നമ്മൾ സാധാരണ പറയുന്നത് പഴയ ആൾക്കാർ പ്രാകൃതരും നമ്മൾ സംസ്കൃതരും എന്നാണ് വാസ്തവം അതല്ല വൈദികർ എന്ന് പഴയ ആൾക്കാർ അവർ സംസ്കൃതരും ഇന്നുള്ള മനുഷ്യർ പ്രാകൃതരുമാണ് അതാണ് വാസ്തവം ഇവിടെ ആധ്യാത്മിക ദൃഷ്ടി അവർ സംസ്കൃതർ എന്തുകൊണ്ട് അവർ വേദജ്ഞാനം കൊണ്ട് സംസ്കരിക്കപ്പെട്ടവരാണ് വൈദികമായ ജ്ഞാനം കൊണ്ട് വൈദികമായ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് മനുഷ്യനവൻ്റെ സഹജമായ വികാര വിചാരങ്ങൾക്ക് അനുസരിച്ച് പോകുന്നുണ്ട് എന്നുള്ള മനുഷ്യർ പ്രാകൃതരാണ് പ്രകൃതിക്കനുസരിച്ച് പോകാതാണ് പ്രാകൃതം അതിനെ സംസ്കരിക്കാതാണ് സംസ്കൃതര് അപ്പോൾ വൈദികരെന്ന് പറയുമ്പോൾ വൈദിക അനുഷ്ഠാനങ്ങളുള്ളവര് സംസ്കൃതരാണ് അപ്പൊ ആ സംസ്കൃതരായ ആ ജനങ്ങൾക്ക് അവർക്ക് എന്താണോ ഈ സ്വർഗാദി ഫലങ്ങളിലുള്ള കാമനകളുണ്ട് അതിനുള്ളിലിരിക്കുന്നതുകൊണ്ട് അവർക്ക് കർമ്മത്തിൽ നിന്നും നിവൃത്തി സംഭവിക്കുന്നുണ്ട് അപ്പൊ കർമ്മ നിവൃത്തിക്ക് വേണ്ടി എന്ത് ചെയ്തു ആദ്യം പറഞ്ഞു കർമ്മത്തെ ആ കാമനകളെ തിരിക്കുക ആ കാമനകളെ തിരിച്ച് ആ കാമ്യഫലങ്ങൾക്ക് ഹേതുവായിരിക്കുന്ന കർമ്മങ്ങളെ പ്രവേശിക്കുക എന്ന് പറഞ്ഞു എന്തിനു വേണ്ടി കാരണം സഹജമായി ഈ ശരീരത്യാഗം സംഭവിച്ചിട്ടും ജാഗ്രത വരുമ്പോൾ വീണ്ടും അവൻ ഈ താതാത്മ്യത്തി വരും താതാത്മ്യത്തി വന്നുകഴിഞ്ഞാൽ അവന്റെ ശ്രദ്ധ കർമ്മത്തിടയ്ക്കായി ഈ കർമ്മജാലത്തിൽ ജാലം എന്ന് പറഞ്ഞാൽ വല കുരു ആ കർമ്മ കുരുക്കിൽ അവൻ പെട്ടുപോകും അപ്പോ അവനോട് പറഞ്ഞു എന്താണോ ആ കാമനകളെ ഉപേക്ഷിക്കുക കാമനകൾക്ക് ഹേതുവായ കർമ്മങ്ങളെ ഉപേക്ഷിക്കുക കാമനയില്ലെങ്കിൽ പിന്നെ കർമ്മത്തിന്റെ ആവശ്യമില്ല വിവേകം കൊണ്ട് സാധ്യമാകുന്നു വൈദികൻ വിവേകം കൊണ്ട് കാമത്തെ വിവേകം കൊണ്ട് ധരിക്കാം വിവേകമെന്താണ് ആ കർമ്മഫലങ്ങൾ അനിത്യമാണ് അതാണ് വിവേകം അപ്പം നിത്യമായ മോക്ഷം അതുകൊണ്ട് സാധ്യമല്ല ശ്രുതിയിൽ പ്രത്യേക വാക്യങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ആ വിവേകം കൊണ്ട് കർമ്മഫലത്തെ ധരിക്കുന്നു കർമ്മഫലത്തെ ധരിച്ചാൽ പിന്നെ അവൻ കർമ്മത്തെ ജയിക്കുന്നു എന്ത് ചെയ്യണം കാമ്യമായ കർമ്മങ്ങളെല്ലാം അവനുപേക്ഷിക്കുന്നു എന്തിനു ചെയ്യുന്നു കാരണം ജാഗ്രതത്തിൽ അവന് ആത്മബോധം വേണം ആത്മബോധത്തിന് ശ്രവണം വേദാന്ത ശ്രവണം അപ്പൊ വേദാന്ത ശ്രവണത്തിന് വേണ്ടിയിട്ടാണ് കർമ്മത്യാഗം പഴയകാലത്ത് പറഞ്ഞത് സന്യാസം വിധിച്ചത് ഉപനിഷ ശ്രവണത്തിന് വേണ്ടിയിട്ടാണ് വൈദികമായി വിധിച്ചിരിക്കുന്നത് ഇന്നത്തെ സന്യാസത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നു ആ ഉപനിഷ ശ്രവണത്തിലൂടെ മാത്രമേ ഈ താതാന്യം നശിക്കൂ അതാണ് സുഷുപ്തിയും ഇതും തമ്മിലുള്ള വ്യത്യാസം യിൽ ശരോണത്തിലൂടെ നശിച്ചില്ല സഹജമായി ഏകീഭവിച്ചു ജാഗ്രതയിലാണെങ്കിലോ ഈ കാമനകളെ ഒഴിവാക്കി അപ്പോൾ കാമനകൾക്ക് ഹേതുവായിരുന്ന കർമ്മത്തെ ഒഴിവാക്കി കർമ്മത്തെ ഒഴിവാക്കുമ്പോൾ ഈ വളരെ കായക്ലേശത്തെ ഉണ്ടാകുന്ന ഈ കർമ്മത്തിൽ അവൻ പിന്നെ കഷ്ടപ്പെടുന്നില്ല മറിച്ച് വേദാന്ത ശ്രവണ ഉണ്ടാകുന്നു അതിന് എന്താണ് ബ്രഹ്മനിഷ്ഠനാകും എന്ന് പറയും ഭക്ഷിക്കാർ ഉപയോഗിക്കുന്നത് ബ്രഹ്മനഷ്ടം എന്ന് വെച്ചാൽ ശ്രവണ മനന അതേ യുദ്ധാസനങ്ങൾ അവർ നിഷ്ഠനാകും അതും ജീവഭാവത്തിൽ തന്നെ അവൻ്റെ താതാത്മ്യം നശിച്ചിട്ടില്ല പക്ഷെ കാമനകൾ അതിനു ഹേതുവായിരിക്കുന്ന കർമ്മങ്ങൾ അതെല്ലാം അവനൊന്നൊഴിഞ്ഞു പോയി വേദാന്ത ശ്രവണത്തിന് സഹായിയായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമാണ് സ്വീകരിക്കുന്നത് കാമനകളിലും കാമനകൾക്ക് പ്രേരകമായിട്ടുള്ള കർമ്മങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം ഗുരുവനും വേദാന്ത ശ്രവണം സംഭവിക്കത്തില്ല എന്ന് ആചാര്യന്മാർ മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് അവർ കർമ്മസന്യാസത്ത വിധിച്ചത് സന്യാസത്തിനു വേണ്ടിയുള്ള വേദാന്ത ശ്രവണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോ നമ്മുടെ സന്യാസമോ പക്ഷേ അതിന് കഴിയാതെ വരുമ്പോ അങ്ങനെ കാമനാപൂർവമായിട്ടുള്ള കാമനയ്ക്ക് പ്രേരകമായിരിക്കുന്ന കർമ്മങ്ങളെ തിരിച്ച് ആ കാമനകളെയും രജിച്ച് അങ്ങനെയുള്ള കർമ്മത്യാഗം ആ കർമ്മത്യാഗത്തിൽ ഒരാൾക്ക് വേദാന്ത ശ്രവണത്തിന് കർമ്മത്യാഗപൂർവമായ ഗീതെ പറയുണ്ടോ സർവകർമ്മസന്യാസപൂർവമായ ബ്രഹ്മനിഷ്ഠ അതിന് ഒരുവന് കഴിയാതെ വരികയാണ് അതിനും ഹേതുവായിരിക്കുന്ന എന്താണ് അവന്റെ കാമന വേണമെന്ന് അവന്റെ അഹന്തിയും അവതാന്നിയും മറ്റും തന്നെ അവന് അജ്ഞൻ എന്ന് പറയുന്നു അവൻ അവനെന്ത് ചെയ്യണം കർമ്മം ചെയ്ത് തന്നെ തീരുക അവൻ കർമ്മം ചെയ്യണം അവന്റെ കർമ്മത്തെ കർമ്മയോഗമാക്കി ചെയ്യണം അപ്പോ രണ്ടു വഴികളും കർമ്മത്തെ സന്യസിച്ചോ അവൻ ശ്രവണാധികളൻ മുഴുകി ബ്രഹ്മനിഷ്ഠനാണല്ലോ സർവ്വകർമ്മ സന്യാസപൂർവകമായ ബ്രഹ്മനിഷ്ഠ അവൻ വേറെ പണിയൊന്നുമില്ല അവൻ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിലോ അവൻ കർമ്മത്തെ കർമ്മയോഗമാക്കി അനുഷ്ഠിക്കുക ഈ രണ്ടു വഴിയും രണ്ടു കൂട്ടരും ഈ ജീവഭാവത്തിലിരുന്നു കൊണ്ടല്ല ജീവഭാവം നഷ്ടപ്പെട്ടിട്ടില്ല രണ്ട് കുട്ടിലും മഹന്ത മമതാദികളെല്ലാം ഉണ്ട് പക്ഷേ ഒരാൾ പൂർണമായും അജ്ഞനായും എന്നാൽ വിവേകത്തെ സമ്പാദിച്ചുകൊണ്ട് കർമ്മം ചെയ്യും മറ്റൊരാളാണെങ്കിലോ വേദാന്ത ശ്രവണത്തിലൂടെ വിവേകത്തെ സമ്പാദിച്ചുകൊണ്ട് കർമ്മത്തെ ത്യജിച്ചുകൊണ്ട് അയാൾ ആത്മനിഷ്ഠനായിരിക്കും ഇവിടെ പറഞ്ഞ സ്വാത്മന്യ അവസ്ഥാന രൂപത്തിലുള്ള മോക്ഷം അതിനോട് അയാൾ അടുത്തുകൊണ്ടിരിക്കുന്നു മോക്ഷത്തിൽ നിന്നുള്ള അകലത്തുള്ള വ്യത്യാസം മാത്രമേ ഒരു കൂട്ടർ കുറച്ച് അകലെയാണ് മറ്റൊരു കൂട്ടർ കുറച്ച് അടുത്താണ് എന്നുള്ള വ്യത്യാസം മാത്രം അപ്പോ ഈ വേദാന്ത ശ്രവണം അതിലൂടെയുള്ള സ്വരൂപസ്ഥിതി എന്ന് പറയുമ്പോൾ അതുകൂടെ ഭാഷകാലം പറഞ്ഞു വരുന്നത് ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ചല്ല പറയുന്നത് കർമ്മത്യാഗം വേദാന്ത ശ്രവണം സ്വരൂപസ്ഥിതി അതാണ് പറയുന്നത് ആ സ്വരൂപസ്ഥിതി എന്ന് പറയുമ്പോൾ ഇവനിന്ന് കേൾക്കുന്നത് സ്വന്തം ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ടാണ് പരമാത്മഭാവത്തിൽ ജീവഭാവത്തിലിരുന്നു കൊണ്ട് കർമ്മത്തെ ത്യജിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കർമ്മം ഒഴിയുന്നില്ല കാമനകൾ നിൽക്കുന്നു വീണ്ടും കർമ്മത്തിലേക്ക് വരുന്നു അപ്പം ഇവിടെ എങ്ങനെ ഇതുകൊണ്ടെന്താ പ്രയോജനം നമ്മൾ ചിന്തിക്കും കർമ്മത്തെ ത്യജിക്കുന്നു പക്ഷെ കർമ്മം ഒഴിയുന്നില്ല കാമനകളെ ഒഴിവാക്കുന്നു അത് ഒഴിയുന്നില്ല അവൻ്റെ ശ്രമം തുടർന്നുകൊണ്ടേ ഇതിനെന്താ പ്രയോജനം പറയുന്നു ഇവിടെ എന്താണ് ആത്മാ സ്വയംചാത്മാ ബ്രഹ്മ ഈ ജീവഭാവത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഉപദേശം ഈ ജീവഭാവത്തിൽ പ്രശ്നങ്ങളുണ്ട് ഉപദേശിച്ചവർക്കും അറിയാം കർമ്മത്യാഗത്തിൽ പ്രശ്നമുണ്ട് വേദാന്ത പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഉപദേശിക്കുന്നത് ജീവഭാവത്തെയല്ല ബ്രഹ്മ ബ്രഹ്മഭാവത്തെയാണ് ഈ ജീവഭാവത്തിന്റെ നിവൃത്തി ശേഷിക്കുന്ന അബ്രഹ്മഭാവം ജീവഭാവത്തിന്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപദേശിക്കുന്നത് അത് ആ ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സാധിക്കും അപ്പൊ ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ടെന്ന് സാധിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും സ്വാഭാവികമാണ് ജീവഭാവത്തിൽ നിന്നും നിവർത്തിക്കുന്നതിന് വേണ്ടി ജീവഭാവത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അതിന്റെ ഭാഗമാണ് പക്ഷെ ഇത് ഇവിടെ അവസാനിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്നു ആത്മാച്ച അതാ ബ്രഹ്മഭാവമാണ് ബ്രഹ്മഭാവത്തിലാണിതിന്റെ പൂർണ്ണ നിവൃത്തി സംഭവിക്കുന്നത് തദ്വിജ്ഞാന വിദ്യ നിവൃത്തിൽ മോക്ഷം ആ സ്വരൂപജ്ഞാനത്തിൽ ജീവജ്ഞാനത്തിലല്ല ജീവജ്ഞാനമുണ്ട് അതുകൊണ്ട് മോക്ഷം സംഭവിക്കുന്നില്ല ആ സ്വരൂപജ്ഞാനത്തിൽ ആ സ്വരൂപജ്ഞാനം എങ്ങനെ വരുന്നു കർമ്മയോഗം അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് വേണ്ട യോഗ്യതകൾ നേടുന്നു പിന്നെ കർമ്മത്യാഗം വേദാന്ത ശ്രവണം ഇതെല്ലാം അവനവന്റെ ആ ജീവഭാവത്തിൽ ഇരുന്ന് കൊണ്ട് അനുഷ്ഠിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അതിൽ നിന്നും തദ്വിജ്ഞാനം ആത്മബോധം കൊണ്ട് അവിദ്യ എന്ന് അവിദ്യ എന്ന് പറ ത്യന്തികമായ മോക്ഷം സംഭവിക്കുന്നു അതിന് സഹായിക്കാൻ കർമ്മത്തിനാവില്ല വിധി ബ്രഹ്മ വിദ്യാർത്ഥോ ഉപനിഷത്ത് ആരഭ്യത അതുകൊണ്ട് ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടി അതിനുവേണ്ടിയിട്ടാണ് ഉപനിഷത്ത് ഇവിടെ തുടങ്ങുന്നത് ഉപനിഷദ് ഭാഗം പറഞ്ഞുള്ള ഇതിൽ ആരണ്യക ഭാഗമുണ്ട് സംഹിതാ ഭാഗമുണ്ട് പല ഭാഗങ്ങളും ഉണ്ട് പ്രത്യേക സംഹിതയിൽ നീ ഉപനിഷദ് ഭാഗം അതിന് വേണ്ടിയിട്ടാണ് എന്താണാ ആത്മവിദ്യ എന്ന് ബോധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഏതൊരാത്മവിദ്യയാണോ അവന് മോക്ഷത്തിലേക്ക് നയിക്കുന്നത് അതിനെ ബോധ്യം അത് പ്രത്യേകിടത്ത് എന്ത് പറയുന്നത് ഇതിനു മുമ്പ് പറഞ്ഞ ഭാഗങ്ങളിലെല്ലാം കർമ്മവിദ്യയെ കുറിച്ചാണ് ഉപാസനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇനിയാണ് പറയുന്നത് ഉപാസനകളെ കുറിച്ച് അപ്പോൾ ഇവിടെ ആ കർമ്മവിദ്യ കഴിഞ്ഞു പറയുന്നത് നമ്മുടെ നമ്മോടല്ല ഈ കർമ്മവിദ്യ എന്താണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞവനാണ് കർമ്മത്തെ അനുഷ്ഠിക്കുന്നവനാണ് അല്ലെങ്കിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞവനാണ് അവനോടാണ് പറയുന്നത് അതിനെല്ലാം നീ ഉപേക്ഷിച്ചിട്ട് ഈ ബ്രഹ്മവിദ്യയിലേക്ക് വരിക ഇനി അതിന് യോഗ്യനാണെങ്കിൽ അത് കേട്ടതുകൊണ്ടൊരാൾക്ക് വരാൻ പറ്റത്തില്ല അതിനാൽ യോഗ്യനായിരിക്കും യോഗ്യനാണെങ്കിൽ ബ്രഹ്മവിദ്യയുടെ ഭാഗമാണിത് ഇനിയുള്ള ഭാഗങ്ങളിൽ നിന്ന് ആ ബ്രഹ്മവിദ്യ അപ്പൊ ഇതുവരെ ചെയ്ത കർമ്മങ്ങളിൽ നിന്നും നല്ല മോക്ഷമുണ്ടാകേണ്ടത് ഇനി പറയാൻ പോകുന്ന ഈ ബ്രഹ്മവിദ്യയിൽ നിന്നാണ് മോക്ഷം സംഭവിക്കേണ്ടത് എന്ന് പൂർണമായും വൈദിക ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ഉപദേശിക്കുക അതിനുവേണ്ടി ഉപനിഷ തുടങ്ങുന്നു അടുത്ത വൻഷത്തിലെ ശാന്തി മന്ത്രമാണ് ം നോ മിത്രണ സംോ ഭജമാം നന്ദ്രോ ബൃഹസ്പതിരുമ നമോ ബ്രഹ്മണേ നമസ്തേ വായോ മേവ പ്രത്യക്ഷം ബ്രഹ്മാസിമേ പ്രത്യക്ഷം ബ്രഹ്മ വരിഷ്യം Satyam സത്യം വരിഷ്യാ avadu തരമവതു avadu മാം ക്ത ശാന്തിന്തിന്തിന്തിന്തിന്തിന്തിഷ്യാമി പഞ്ച